പഞ്ചാമത്തെ കാര്യ സ്വപ്നത്തെ സമത്വന സിദ്ധേ ഹേതുന ജാഗ്രത ദൃശ്യങ്ങൾ അസത്യമാണ് ഇതാണ് ഇവിടെ സമർത്ഥിക്കുന്നത് കഴിഞ്ഞ കരിനാഥാണ് അതിനൊരു ഏതു പറഞ്ഞു ദൃശ്യത്വം ദൃശ്യമായതുകൊണ്ട് അറിവിന് വിഷയമായിരിക്കുന്നോണ്ട് ദൃശ്യം എന്ന് പറഞ്ഞാൽ സാധാരണ കാണുക എന്നുള്ളതാണ് അവിടെ കാണുക എന്നുള്ളതല്ല എല്ലാ തരത്തിലുമുള്ള അറിവിന് വിഷയമായിരിക്കുന്നതുകൊണ്ട് അതും കാണുക ഉൾപ്പെടും സ്വപ്നത്തിലെ അനുഭവങ്ങൾ പോലെ ഇതാണ് സ്വപ്നത്തിലെ അനുഭവങ്ങൾ അനുഭവത്തിന് വിഷയമാകുന്നു അത് ജാഗ്രതത്തിൽ ബോധ്യപ്പെടുന്നു അത് അസത്യമാണ് അതുപോലെ ജാഗ്രത അനുഭവത്തിന് വിഷയമാകുന്നു അതുകൊണ്ട് അത് അസത്യമാണ് പറഞ്ഞു സ്വപ്നത്തിൽ അനുഭവങ്ങളെല്ലാം ഉള്ളിൽ നടക്കുന്നു ജാഗ്രതമായിട്ട് താരതമ്യം സ്വപ്നത്തിനുള്ളും കുറവുമെല്ലാം ഉണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവന് അവനുള്ളും കുറവുമുണ്ട് അവിടുത്തെ സ്ഥാനം ജാഗ്രതമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് സമ്മർദ്ദമാണെന്നു ചുരുങ്ങിയ സ്ഥാനമാണ് അതിന്റെ സ്വപ്നം അസത്യമാണെന്നുള്ള അനുഭവമാണെങ്കിലും അതിന്റെ യുക്തി കൂടി പറയുകയാണ് ഇവിടെ യുക്തിയിലൂടെ അനുഭവത്തിൽ വേണ്ടി പറയുകയാണ് യുക്തി എന്തിനു പറയുന്നു കാരണം ജാഗ്രത നമുക്ക് അനുഭവം എന്താ ജാഗ്രത അനുഭവങ്ങൾ സത്യമായിട്ടാണ് സ്വപ്നവും സ്വപ്നം കാണുന്ന വേളയിൽ സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത് വളർന്നതിന് ശേഷമാണ് അത് അസത്യമാണെന്ന് അനുഭവപ്പെടുന്നത് അതുപോലെ ജാഗ്രത അനുഭവങ്ങളിൽ സത്യമായി അനുഭവപ്പെടുന്നു ഈ ജാഗ്രതയിൽ നിന്ന് ഇനി വളരണം ജാഗ്രതയിൽ നിന്ന് ഉണർന്നാല് സ്വപ്നം അസത്യമാണെന്ന് ബോധിച്ചതുപോലെ ജാഗ്രത അസത്യമാണെന്നും ബോധിക്കും അതുവരെ നമ്മൾ ജാഗ്രത അസത്യമാണ് എന്ന് യുക്തികൊണ്ട് ബോധിക്കാനേ പറ്റും വളരുന്നത് വരെ യുക്തികൊണ്ട് ബോധിപ്പിക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായി ബോധിക്കണം നമ്മുടെ അനുഭവത്തിൽ ജാഗ്രത സത്യം നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായി യുക്തികൊണ്ട് ബോധിക്കണം അതിൽ ആ വൈരുദ്ധ്യം നില സത്യമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യത്തിന് യുക്തികൊണ്ട് അതിന് വിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വൈരുദ്ധ്യം നമുക്ക് നന അത് മാറണമെങ്കിൽ ജാഗ്രതയിൽ നിന്ന് ഉണരുന്നു ജാഗ്രതയിൽ നിന്നെങ്ങനെ ഉണരാൻ പറ്റും അതിന് യുക്തിയിലൂടെ അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് യുക്തിയിലൂടെ അനുഭവത്തെ എത്തിച്ചേരുക ആ ജാഗ്രതത്തിലെ അനുഭവമാണ് ഈ നിന്നുള്ള ഉണരൽ സ്വപ്നത്തിൽ നിന്ന് വളരുന്നത് വരെ സ്വപ്നം സത്യമായിട്ട് തന്നെ അനുഭവിച്ചു അത് അസത്യമാണോ എന്നുള്ളൊരു സംശയം പോലും മനസ്സിൽ ചെറിയൊരു സമയമാണെങ്കിലും അവിടെ അത് ഭ്രാന്തിയാണെന്ന് തോന്നിയില്ല ജാഗ്രത നമ്മുടെ അനുഭവം സമൃദ്ധമല്ല വളരെ വിസ്തൃതമായ അനുഭവമാണ് കാലദേശങ്ങൾ ഇവിടെ അനന്തമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയെല്ലാം നമുക്കിത് സത്യമായി തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടെ നമ്മൾ യുക്തി പ്രയോഗിക്കേണ്ടത് അസത്യമാണോ എന്ന് ഏത് യുക്തി പ്രയോഗിച്ചു കഴിഞ്ഞാലും ആ ഒരു വൈരുദ്ധ്യം നൽകി അപ്പോ ഈ അസത്യത്വം നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുമ്പോൾ യുക്തി അഥാ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നു ബുദ്ധിക്ക് ബോധ്യപ്പെടുമ്പം നമുക്കവിടെയൊരു നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായിരിക്കുന്നവരുടെ ഒരു വൈരുദ്ധ്യ അനുഭവപ്പെടും അപ്പൊ ശാസ്ത്രം ഒരു കാര്യം നമ്മൾ ബോധിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും അലൌകികമായും അതീന്ദ്രിയമായും ഉള്ള വിഷയങ്ങൾ ശാസ്ത്രം ബോധിപ്പിക്കുമ്പോൾ അലൌകികമായ അനുഭവങ്ങളെക്കുറിച്ച് ശാസ്ത്രം ബോധിപ്പിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി അതിനുഗ്രഹിക്കുന്നത് നമ്മുടെ വർത്തമാന അനുഭവങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് എന്താണ് നമുക്കിപ്പോൾ നേരിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെടുത്തിയ ബുദ്ധിക്ക് അതിനെ സ്വീകരിക്കാൻ അങ്ങനെ സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതാണ് നമ്മൾ ഗ്രഹിക്കുന്നതും ഗ്രഹിക്കാമെന്നൊരു മറ്റേതെങ്കിലും ഒരു ഉപായത്തിലൂടെ ശബ്ദത്തിലൂടെയോ മറ്റെന്തെങ്കിലും ഉപായത്തിലൂടെയോ ഒരു തത്വത്തെ ഗ്രഹിക്കുന്നതും പിന്നീടതിന്റെ നമ്മുടെ അനുഭവം തമ്മിലുള്ള വ്യത്യാസം ശാസ്ത്രം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണ് അത് ഗുരുക്കന്മാരെ നമ്മൾ ബോധിപ്പിക്കാൻ ശ്രമിക്കുക എന്താണ് നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ നമ്മുടെ വർത്തമാന അനുഭവങ്ങൾ ഈ പരമാർത്ഥവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല അതേസമയം നമ്മുടെ ബുദ്ധി ഗുരു പറയുന്നത് ഗ്രഹിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യം നമുക്ക് അനുഭവപ്പെടും ആ വൈരുദ്ധ്യം എങ്ങനെ പരിഹരിക്കും അതാണ് നമുക്കതിനെ ബോധ്യപ്പെടുന്നതും നമ്മുടെ അനുഭവം തമ്മിൽ വരുന്ന വ്യത്യാസം അത് നമ്മുടെ അനുഭവമായി വരണം നമ്മുടെ അനുഭവമായി വരുന്നിടത്തോളം കാലം ഈ ഒരു വ്യത്യാസം ഒന്നുണ്ടായി ഒന്നെന്താണ് നമ്മുടെ ബുദ്ധിക്ക് വിഷയമായി നിൽക്കുകയാണ് പറയുന്ന തത്വം ബുദ്ധിപ്പെടുത്തികൾ അതിനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് കേൾക്കുമ്പോ നമുക്കുണ്ടാകുന്ന സാധാരണഗതി ഒരാൾക്ക് കേൾക്കുമ്പോ തന്നെ പരമാർത്ഥം ബോധ്യപ്പെടാം സാധാരണ സംഭവിക്കത്തില്ല പരമാർത്ഥ തത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി കേവലമായി അനുഗ്രഹിക്കും അതിനാണ് പരോക്ഷം എന്ന് പറയുന്നത് അപരോക്ഷമാവുന്നില്ല ഇവിടെ പറയുന്ന പരമാർത്ഥതം ആത്മതത്വം ഈ ആത്മതത്വത്തെ ഗ്രഹിക്കുന്നിടത്ത് മാത്രമല്ല ഗുരുക്കന്മാരുടെ ഏതു ഉപദേശത്തിൽ അനുസരിച്ച് ഗുരുക്കന്മാരുടെ സാധാരണ ആത്മതത്വം അല്ലാതെയുള്ള ഉപദേശങ്ങൾ ധർമാധർമ്മ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളും എല്ലാം നമുക്ക് നമ്മുടെ ബുദ്ധിയേനെ ഗ്രഹിക്കുക പറയുന്ന ഒരു തലത്തിൽ അത് പരമാർത്ഥമായിരിക്കണമെന്ന് പരമാർത്ഥം പറയുന്നത് എന്താണ് ഉപദേശിക്കുന്നത് അത് സ്വാനുഭവമായി വരുമ്പോഴേ അതുകൊണ്ടാണ് ജഗത്തിന്റെ മിഥ്യാത്വത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടുകഴിഞ്ഞാലും നമുക്കത് സ്വ അനുഭവത്തി വരുന്നില്ല അനുഭവത്തി വരുത്തുന്നതിന് വേണ്ടി പിന്നെ എന്താണ് യുക്തിയെ ആശ്രയിക്കുന്ന യുക്തിയിലൂടെ യുക്തിയിലൂടെ എങ്ങനെയത് സംഭവിക്കുന്നു യുക്തി അവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ബുദ്ധിയെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നമുക്ക് ശരിക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വരുന്നത് ബുദ്ധി അസംസ്കൃതമായിരിക്കുന്നത് യുക്തിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബുദ്ധിയെ പരിഷ്കരിക്കുകയാണ് ആ ബുദ്ധി പരിഷ്കൃതമായി കഴിയുമ്പോൾ ബുദ്ധി ശുദ്ധവും സൂക്ഷ്മവും ഏകാഗ്രവും എന്നതായി മാറുമ്പോൾ അനുഗണിയുക്തി സഹായിക്കണം ആ പറയുന്ന തത്വം നമ്മുടെ ഉള്ളിൽ അത് പരമമായ ആത്മതത്വത്തെ സംബന്ധിച്ചാലും ശരി ധർമാധർമ്മ വിഷയങ്ങളെ സംബന്ധിച്ചാലും ശരി കർത്തവ്യാകർത്തവ്യങ്ങളെക്കുറിച്ചായാലും നന്മതിന്മയെ കുറിച്ചായാലും ലൗകികമായ സത്യാസത്യങ്ങളെ കുറിച്ചായാലും ശരി ഉപദേശം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി അതിനനുസരിച്ച് പെരുമുക്കമായാലേ പറ്റും ഒരു ചോദ്യമുണ്ട് ഗുരു പൂർണിമയുടെ മഹത്വം വ്യക്തമാക്കണമെന്നാണ് ഇത് തന്നെയാണ് ഗുരു പറയുന്നത് ശിഷ്യന് അനുഭവമാകുന്നില്ല അതുതന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജഗത് മിഥ്യാത്വം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാധാരണ കാര്യങ്ങൾ ആയിക്കൊള്ളട്ടെ ഗുരു പറയുന്നത് അതേ രീതിയിൽ ശിഷ്യന് അനുഭവമാകുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോ അവിടെ എന്താ ഗുരു പറയുന്നത് ശിഷ്യന് അനുഭവമാകാത്തത് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞല്ലോ ശിഷ്യൻ വളരെ ശിഷ്യന്റെ ബുദ്ധി അത്രയ്ക്കും പരിഷ്കൃതമല്ല അനുയോഗ്യമല്ല ഇവിടെ ഇപ്പം ശാസ്ത്രം പറഞ്ഞല്ലോ ശാസ്ത്രം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഉപദേശമാണ് ശാസ്ത്രം നേരെ ഗുരുവിടെ ഗുരു പറയുന്നത് ശിഷ്യന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ഉപദേശ ശാസ്ത്രം തന്നെ ആ ശാസ്ത്രമെല്ലാം പറയുന്നു പരമാർത്ഥ തത്വത്തെക്കുറിച്ച് പറയുന്നു ലൗകികവും പാരമാർത്ഥികവുമായ സർവ്വ വിഷയങ്ങളും പറയുന്നു ഐഹികവും ആമുഷ്മികവുമായ എല്ലാ വിഷയങ്ങളും പറയും ഈ ലോകത്തിലെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും എല്ലാം ഉപദേശിക്കുന്നു ഇന്ദ്രിയ വിഷയമായ കാര്യങ്ങളെക്കുറിച്ചും അതീന്ദ്രിയമായ കാര്യങ്ങളെ കുറിച്ചും പറയും ലൗകികമായ വിഷയങ്ങളെ കുറിച്ചും അലൌകികമായ വിഷയങ്ങളെ കുറിച്ചും പറയും ഇതെല്ലാം ഗുരു ഉപദേശിക്കുന്നുണ്ട് പക്ഷേ ഇത് ശിഷ്യന് ഗുരു ഉപദേശിക്കുന്ന തരത്തിൽ അനുഭവമാകുന്നത് അത് വളരെ സ്പഷ്ടമാണ് അതിന് കാരണമെന്താണ് ശിഷ്യന്റെ യോഗ്യതയില്ലായ്മ അതുകൂടെ പറയുന്നു എന്താണ് ഗുരു ആത്മതത്വത്തെ ഉപദേശിക്കുന്നു പക്ഷേ ശിഷ്യൻ ആത്മതത്വത്തെ അതുപോലെ ബോധ്യപ്പെടുത്തുന്നു ഇവിടെ ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു ഉപദേശം എന്നാണ് ചെയ്യുന്നത് ഈ തത്വത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു ആത്മതത്വമോ അല്ലെങ്കിൽ ലൗകികമായ കാര്യങ്ങളെപ്പോ ആത്മതത്വം മാത്രമല്ല ഗുരു ഉപദേശിക്കുന്നു ധർമാധർമ്മങ്ങളെക്കുറിച്ച് ഉപദേശിക്കുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ഉപദേശിക്കുന്നു പക്ഷേ അത് അതേ രീതിയിൽ ഗുരു എന്താണോ താല്പര്യപ്പെടുന്നു ആ രീതിയിൽ ശിഷ്യന് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റില്ല സാധാരണ കാര്യങ്ങളായാലും ആത്മാവിന്റെ കാര്യം പോട്ടെ അത് അവസാനത്തെ കാര്യമാണല്ലോ ഒരു ശിഷ്യൻ തന്റെ നിലയിൽ നിന്ന് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള ശിഷ്യന്റെ സാധാരണ അനുഷ്ഠാനങ്ങളും സാധാരണ വ്യവഹാരങ്ങളും സംബന്ധിച്ച് ഗുരു പറയുന്നത് പോലും ആത്മതത്വം ഒന്നും അത് പാടേ വിടാം സാധാരണ കാര്യങ്ങൾ പോകട്ടെ സാധാരണ കാര്യങ്ങളെന്ന് പറയുന്ന നീ ഇന്നത് ചെയ്യണം നീ ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ പോലും പലപ്പോഴും ശിഷ്യൻ ഗ്രഹിച്ചിട്ടായിരിക്കില്ല അതിനെ അനുസരിക്കുന്നു ഒരാൾ ഇപ്പോൾ സ്വയം ധരിക്കേണ്ട ഞാൻ ഗുരുവിന് അക്ഷരം അനുസരിക്കുന്നവനാണ് ഗുരുവിന്റെ നിർദ്ദേശത്തെ പാലിക്കുന്നവനാണ് ഗുരുവിന്റെ മാർഗത്തെ പിന്തുടരുന്നവനാണ് ഗുരുവിന്റെ ഇച്ഛയ്ക്ക് പൂർണ്ണമായും വശംവധനാണെന്നൊക്കെ സ്വയം തന്നെ കുറിച്ച് ധരിച്ചാൽ പോലും അയാളറിയുന്നതും പ്രവർത്തിക്കുന്നതും ഗുരുവിന്റെ തത് താൽപ്പര്യം അനുസരിച്ചായിരിക്കണോ ആയിരിക്കണമെന്നില്ല കാരണം ഒന്ന് ഗുരു പറയുന്നത് അയാൾക്ക് ബോധ്യപ്പെടണം ബോധ്യപ്പെടുക എന്ന് പറയുന്നത് രണ്ടു തരത്തിലാണ് ഒന്ന് പറഞ്ഞല്ലോ ഒന്ന് പരോക്ഷമായി ബോധിക്കില്ല പരോക്ഷമായി ബോധിക്കുമ്പോ അവിടെ സംശയവും വിഭ്രാന്തി എല്ലാം ഉണ്ടാവുക ഗുരു പറഞ്ഞതിന്റെ താല്പര്യവും ഗുരു ഉദ്ദേശിച്ച തന്നെ ശിഷ്യം ബോധിക്കണമെന്നില്ല ശരിയായ അതിന്റെ ബോധനം എങ്ങനെയാണ് അവന്റെ അനുഭവമായി വരും പറയുന്നത് തന്റെ അനുഭവമായി ഗ്രഹിച്ചുകൊണ്ട് അതിനാണ് അപരോഷമായി ഗ്രഹിക്കുക എന്ന് പറയുന്നത് പറയുന്നതിന്റെ യഥാർത്ഥ ഗ്രഹിച്ചുകൊണ്ട് വേണം പിന്നീട് അനുഷ്ഠാനത്തിലേക്ക് കിടക്കാൻ അത് പലപ്പോഴും സംഭവിക്കാറ് അത് ശിഷ്യനുള്ള യോഗ്യതയില്ലാത്ത കൊണ്ടാണ് യോഗ്യതയില്ലാത്തവന് പിന്നെ ഗുരു എന്തിനുപദേശിക്കുന്നു ഗുരുവും ഉദ്ദേശിക്കുന്നത് എന്താണ് യോഗ്യതക്കനുസരിച്ച് ബോധ്യപ്പെട്ടോട്ടെ എന്നാണ് യോഗ്യത എന്ന് പറയുന്നതും മുഖ്യമായും ഗുരു കൃപയെ ആശ്രയിച്ചായിരിക്കുന്നു ഗുരുവന് യോഗ്യത വേണമെങ്കിലും ഗുരുവിന്റെ കൃപ ആവശ്യമാണ് ആ യോഗ്യതയെ ആശ്രയിച്ചിട്ടാണ് അവനത് അനുഭവത്തിൽ വരുന്നത് ആ അനുഭവത്തെ ആശ്രയിച്ചിട്ട് വേണം അവന്റെ അനുഷ്ഠാനങ്ങൾ പോകേണ്ടത് അപ്പോൾ ഗുരുവിന്റെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കുക എന്ന് ഗുരു പൂർണിമയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ അത് ഗുരുവിന്റെ മഹത്വം ഗുരുവിന്റെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഗുരുവിന്റെ കൃപയ്ക്ക് പാത്രമാകുക അതാണ് അതിന്റെ ചുരുക്കം ഗുരുവിന്റെ മഹത്വത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഗുരുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കുന്നതിന് ഉള്ള ഗുരുത്വം ഇവന് വേണ്ടേ ഇപ്പോഴും ലഘുവായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ പിന്നെ എങ്ങനെ ഗുരുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കും ഗുരുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എളുപ്പ അപ്പോ തന്നെക്കാൾ വലിയ ഒന്നിന്റെ മഹത്വത്തെ താൻ മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് തനിക്ക് മനസ്സിലാക്കാൻ ശരിക്കും തന്നെ പോലും പറ്റുന്നില്ല പലപ്പോഴും തന്നെ താൻ ശരിക്കും മനസിലാക്കിയിട്ടുണ്ടോ ഇല്ല പിന്നെ തന്നെക്കാൾ വലുതോ ഒന്നിനെ താൻ എങ്ങനെ മനസ്സിലാക്കും ഗുരുവിന്റെ മഹത്വത്തെ മനസിലാക്കി മനസ്സിലാക്കി കളയാമെന്ന് വിചാരിക്കുന്നതിനെ അബദ്ധമാണ് പിന്നെ എന്താണ് പരമാവധി ചെയ്യാമെന്നുള്ളത് ആ ഗുരുവിന്റെ കൃപയ്ക്കൊരുവൻ പാത്രമാകുക എന്നുണ്ടാവും അനുഗ്രഹത്തിന് പാത്രമാകുക എന്നുണ്ടാവും അനുഗ്രഹം കൊണ്ട് അവൻ എന്ത് സംഭവിക്കും ഗുരുവിന്റെ ഉപദേശങ്ങൾ അവന്റെ യോഗ്യതയ്ക്കനുസരിച്ച് അവന്റെ പക്വതയ്ക്കനുസരിച്ച് പ്രകാശിക്കും ആ പക്വത അല്ലെങ്കിൽ യോഗ്യത ഉള്ളവനാണെങ്കിൽ അത് ക്ഷണം പ്രകാശിക്കും അതവന്റെ അനുഭവമായി തീരും അതല്ലെങ്കിൽ അവന്റെ ബുദ്ധിക്കനുസരിച്ച് അവന്റെ ബുദ്ധി എങ്ങനെയാണോ അതുപോലെ അതല്ലേ ദേവനും അസുരനും ഗുരുവിന്റെ അടുത്തേന്നും ഒരു ഗുരു ഉപദേശിച്ചു ദേവൻ ഒരു തരത്തിൽ മനസ്സിലാക്കി അസുരൻ വേറെ തരത്തിൽ മനസ്സിലാക്കി ഗുരുവിന്റെ മഹത്വം കൊണ്ടാണെങ്കിൽ രണ്ടുപേരും ഒരുപോലെ മനസ്സിലാക്കില്ലേ ഇല്ല ഗുരുവിന് പക്ഷഭേദമില്ലല്ലോ ദേവനൊന്നും അസുരനെന്നോ പക്ഷഭേദമില്ല പക്ഷെ ശിഷ്യന്റെ മഹത്വമാണ് അവിടെ മുഖ്യം ശിഷ്യന്റെ യോഗ്യത ശിഷ്യന്മാരുടെ യോഗ്യതയനുസരിച്ച് ഓരോരുത്തർ ഓരോ വർഷത്തെ ഗ്രഹിച്ചു ദക്ഷിണാമൂർത്തിയുടെ ഉപദേശത്തിൽ പലതരത്തിലുള്ള ഋഷിമാരൊക്കെ ആയിരുന്നു അവിടെ ഓരോരുത്തർക്കും ഓരോന്നാ ഗ്രഹിച്ചത് ശനകാദികൾ ആത്മതത്വത്തെ ഗ്രഹിച്ചു ഓരോ ഋഷിമാരും ഓരോ തത്വത്തെ ഗ്രഹിച്ചു ചിലര് ശബ്ദശാസ്ത്രത്തെ ഗ്രഹിച്ചു ചിലർ ആയുർവേദത്തെ ഗ്രഹിച്ചു ചിലര് നാട്യശാസ്ത്രത്തെ ഗ്രഹിച്ചു പല പല അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു അപ്പോ ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് ഓരോരുത്തരുടെ യോഗ്യതയനുസരിച്ച് ആണ് അപ്പോൾ ഗുരുവിന്റെ ഉപദേശത്തെ ഗുരുവിന് പൂർണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അത് ഗുരുവുമായി ബന്ധപ്പെട്ട കാര്യമല്ല ശിഷ്യനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ ശിഷ്യന്റെ യോഗ്യത അനുസരിച്ചാണ് അപ്പൊ ശിഷ്യന്റെ യോഗ്യത അനുസരിച്ച് അവൻ ഗുരുവിന്റെ കൃപയ്ക്ക് അർഹനായിത്തീരും അതിന് അവന്റെ പൂർവജന്മ സംസ്കാരം ഒരു പ്രധാന കാരണമാണ് ഗുരുവിന്റെ ഉപദേശത്തെ ഗുരുവൻ അങ്ങനെ അപരോക്ഷമായി ഉൾക്കൊള്ളണമെങ്കിൽ അതിനനുകൂലമായ സംസ്കാരം അവൻ വേണം നിസ്സാരമായ ഒരു ഉപദേശമായ ഗുരുവിന്റെ താൽപര്യമായിരിക്കില്ല സംസ്കാരം അനുസരിച്ച് അവൻ ഗ്രഹിക്കും ഗ്രഹിച്ചിട്ട് അവൻ പ്രവർത്തിക്കുന്ന ചിലപ്പോൾ ഗുരുവിന്റെ സങ്കല്പത്തിന് വിരുദ്ധമായിട്ടായിരിക്കും പക്ഷെ അതവൻ അറിയണമെന്നില്ല അനു വിചാരിക്കും ഞാൻ ഗുരു പറഞ്ഞ അനുസരിക്കുന്ന ഒന്നാണ് എന്റെ പറയല്ല ഞാൻ ഗുരു പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുന്നു എന്ന് സ്വയം കരുതുന്നു സ്വയം അങ്ങനെ ധരിച്ചിരിക്കും പക്ഷെ അവന്റെ പ്രവൃത്തി ഗുരുവിന്റെ സങ്കല്പത്തിന് വിരുദ്ധമായിരിക്കും അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഗുരുവിന്റെ ഉപദേശത്തെ അവന് ഉൾക്കൊള്ളാൻ കഴിയുന്നു നല്ല യോഗ്യതയല്ല ആ യോഗ്യതയ്ക്ക് അവന് അതിനുള്ള സംസ്കാരം വേണമെന്ന് പ്രധാനമായും പൂർവ്വ സംസ്കാരം തന്നെ അത് മുഖ്യമായൊരു കാരണമാണ് അങ്ങനെ ശരിയായ സംസ്കാര സമ്പത്തോട് കൂടാതെ ഒരു ഗുരുവിനെ സമീപിച്ചിട്ടും അവന് തത്കാലം പ്രയോജനം കിട്ടത്തില്ല പ്രയോജനം ഉണ്ടാവും പ്രയോജനത്തെ കൊടുക്കും പക്ഷെ അത് കാലക്രമേണ കാലക്രമം കൊണ്ടേ സാധ്യമാവും തത്കാലം പ്രയോജനം എന്ത് വേണം അതിനുള്ള പ്രബലമായ സംസ്കാരം അവൻ്റെ വേണം ചുരുക്കത്തിൽ ഗുരുവിന്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാനൊന്നുമില്ല മനസ്സിലാക്കുക എന്ന് പറയുന്നത് അസാധ്യവുമാണ് നമ്മുടെ സ്വന്തം മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് നമ്മുടെ യോഗ്യത മനസ്സിലാക്കും അപ്പൊ ഗുരു പറയുന്നത് ഗുരുവിന്റെ ഉപദേശം ഞാൻ പൂർണ്ണമായും ഗ്രഹിച്ചു ഗുരുവിന്റെ ഉപദേശം അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ഗുരുവിനെ ഞാൻ പൂർണ്ണമായും അനുസരിക്കുന്നു എന്നൊക്കെ ഒരാൾക്ക് പൂർണ്ണമായും അങ്ങോട്ട് പറയണമെങ്കിൽ അയാൾ തീർച്ചയായും അയാളുടെ മഹത്വത്തെ ശരിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു തന്റെ യോഗ്യത എന്നാൽ മാത്രമേ അയാൾക്കത് പൂർണമായും പറയാൻ പറ്റൂ ഞാൻ ഗുരുവിനെ പിന്തുടരുന്നവനാണ് ഗുരുവിന്റെ മാർഗത്തെ അനുസരിക്കുന്നവനാണ് അത് ഒരു ഗുരു തന്നെ ഉപദേശിക്കുന്നു ശിഷ്യന്മാർ പല വഴിക്ക് സഞ്ചരിക്കുന്നു ശിഷ്യന്മാർക്ക് ഗുരു ഉപദേശത്തെ ഗ്രഹിച്ചിരുന്നെങ്കിൽ ശിഷ്യന്മാരെല്ലാം ഒരേ വഴി തന്നെ സഞ്ചരിക്കുന്നു ശിഷ്യന്മാരിൽ പരസ്പര രാഗദ്വേഷങ്ങൾ വരാൻ പാടില്ല പരസ്പരം മതമാത്സര്യങ്ങൾ വരാൻ പാടില്ല ശിഷ്യന്മാർ പരസ്പരം അഹന്തയെ മുൻനിർത്തി പരസ്പരം വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല പക്ഷെ നമ്മളങ്ങനെയാണ് കാണുന്നത് ശിഷ്യ പരമ്പരയെ നോക്കിയാലും ശിഷ്യന്മാർ പൊരുത്തക്കേട കാണുന്നു ശിഷ്യന്മാരുടെ ഒരേ മനോഭാവത്തിൽ പോകുന്നുണ്ട് എന്തുകൊണ്ട് എല്ലാവരും ഗുരുവിൽ ശ്രദ്ധയുള്ളവരാണ് ഗുരുവിൽ വിശ്വാസമുള്ളവരാണ് ഗുരുവിനെ അനുസരിക്കുന്നതിന് ബ്രദ്ധ ശ്രദ്ധരുമാണ് ഗുരുവിന്റെ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം കാണത്തില്ല ശിഷ്യന്മാർക്ക് പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റത്തില്ല അവിടെ എന്താ കാര്യം ഗുരുവിൽ അവർക്ക് ശ്രദ്ധയില്ലാത്തോണ്ടല്ലോ ഗുരുവിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലോ ധാനമായും ആ ശിഷ്യന്മാരുടെ യോഗ്യതയിൽ വരുന്ന വ്യത്യാസം ഗുരുവിന്റെ ഉപദേശങ്ങളെ പലരും പലതരത്തിൽ ഗ്രഹിക്കുന്നു ഞാൻ മനസ്സിലാക്കിയത് ശരി അന്യൻ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റ് എന്ന് ധരിക്കുന്നു എന്നിട്ട് അവനവന്റെ യോഗ്യതയനുസരിച്ച് പ്രവർത്തിക്കുന്നു അതനുസരിച്ച് പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും അപ്പൊ ഗുരുവിന്റെ മഹത്വത്തെ ഗുരു മഹാനാണെന്ന് നമ്മൾ ധരിച്ചിരിക്കണം പക്ഷെ ഗുരുവിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത് അവനവന്റെ യോഗ്യതയെക്കുറിച്ച് ബോധ്യപ്പെടുമ്പോഴും അതിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് തന്റെ യോഗ്യതയെ പോരായെന്ന സ്വയം മനസ്സിലാകും തന്റെ യോഗ്യതയിലുള്ള പോരായ്മകളെ മനസ്സിലാവും മനസ്സിലാക്കുമ്പോൾ തന്റെ പോരായ്മകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തന്റെ ഭാഗത്തുണ്ടാവും ആ പരിശ്രമം തന്റെ പോരായ്മകളെ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഒരു ഏതൊരാൾ അതിനുവേണ്ടി ശ്രമിച്ചാലും മനസ്സിലാവും ഇത് തന്നെ കൊണ്ട് സാധ്യമായ കാര്യമല്ല ഒരിക്കലും ഒരുവന് ഗുരുവിന്റെ പോരായ്മകളെന്ന് പറയുന്നത് എന്താണ് പ്രത്യേകിച്ചും ആധ്യാത്മികമായ സാധകരെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറയുന്നത് സർവലോകാനുഗ്രഹ അനുഗ്രഹ ചൊരിയുന്ന ആളാണ് ഗുരുവിന്റെ മുമ്പിൽ വരുന്ന ഒരു ആധ്യാത്മിക സാധകന്മാർ മാത്രമല്ല ആർത്തനും ജിജ്ഞാസവും ആർത്ഥാർത്ഥിയും എല്ലാവരും നമ്മളിവിടെ പറയുന്നത് ബാക്കിയുള്ളവരുടെ കാര്യമാണ് ആധ്യാത്മികന്മാരെ സംബന്ധിച്ചാണ് അവിടെയാണ് അവർക്കാണ് ഗുരുവിന്റെ സാന്നിധ്യം ഏറ്റവും പരമാവധി പ്രയോജനപ്പെടുന്നത് പ്രയോജനപ്പെടുത്തേണ്ടവരാണ് ബാക്കിയുള്ളവരുടെ കാര്യം ഇല്ല ഇപ്പോ സാധകൻ ഗുരുവിനെ സമീപിക്കുമ്പോൾ അവന് ഗുരുവിൽ നിന്ന് എന്താണ് കിട്ടേണ്ടത് അതിന് തടസ്സമായി നിൽക്കുന്ന എന്താണ് അവന്റെ പോരായ്മകളാണ് ആ പോരായ്മപറയുന്നത് പ്രധാനമായിട്ട് എന്താണ് അവന്റെ ദൌർബല്യങ്ങളാണ് ഗുരുവിന്റെ പോരായ്മ ദൌർബല്യം എന്ന് പറയുമ്പോൾ എന്താണ് അതൊരിക്കലും അവന്റെ നിയന്ത്രണത്തിനും അവന്റെ ഇച്ഛാശക്തിക്കും അധീനമായ അതെല്ലാ വ്യക്തികളിലും കാണും ദൗർബല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ദൗർബല്യങ്ങൾ കാണും അങ്ങനില്ലാത്ത ഒരു സാധകരും കാണത്തുണ്ട് ഈ ദൌർബല്യങ്ങളെ എങ്ങനെ പരിഹരിക്കും അത് അവിടെയാണ് ഗുരു കൃപയുടെ ആവശ്യം തന്റെ തന്നെ ദൌർബല്യങ്ങളാണ് തന്റെ യോഗ്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ അത് പരിഹരിക്കുന്നതിന് അത് ഗുരു കൃപ കൊണ്ടേ സാധ്യമാകും ആ ഗുരു കൃപയെ ാപിക്കുന്നതിന് ഒരു ശിഷ്യൻ എന്തൊക്കെയാണോ വേണ്ടത് അതവൻ ആർജിക്കുക അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുക അല്ലാതെ തന്റെ ദൌർബല്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ പരിശ്രമിച്ച ഒരിക്കുന്നതും ദുർബലത കൊണ്ട് ദുർബലത ഇല്ലാതാക്കാൻ ഒക്കത്തില്ല സ്വയം ദുർബലനാണെങ്കിൽ അവൻ എങ്ങനെ തന്റെ ദൗർബല്യത്തെ ഇല്ലാതാക്കും അവന്റെ കയ്യിലിരിക്കുന്നത് കേവലം ആ അതുകൊണ്ട് ഇല്ലാതാക്കാൻ നോക്കത്തില്ല അപ്പോൾ തന്നിൽ നിന്നും മഹത്വമായ ഒന്നും തന്നിൽ നിന്ന് ശക്തമായ ഒന്നിന് മാത്രമേ തന്റെ ദുർബലതകളെ ഇല്ലാതാക്കാൻ പറ്റൂ അത് ഗുരുവിനെ സാധ്യമാകും ആ അതെങ്ങനെ സാധ്യമാകും ആ ഗുരുവിന്റെ കൃപ തന്നിലുണ്ടാവണം ആ ഗുരുവിന്റെ കൃപ തന്നിലുണ്ടാകുന്നതിന് എന്തൊക്കെ ഒരുവിന് ചെയ്യാമോ അത് അനുഷ്ഠിക്കുക അപ്പോ ഒന്നെന്താണ് ഗുരുവിന്റെ മഹത്വത്തെക്കുറിച്ച് അവന് പൂർണമായ ധാരണ വേണം കഴിയുന്നത്ര ധാരണ വേണം ഗുരുവിന്റെ മഹത്വം ഗുരുവിന്റെ മഹത്വം എന്താണ് ഗുരു സാക്ഷാത് പരമ്പ്രഹ്മം ഗുരു സാക്ഷാത് പരംബ്രഹ്മമാണ് അതാണ് ഗുരുവിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ ഗുരു ഒരു വ്യക്തിയല്ല പരമമായ ഒരു തത്വമാണ് എന്നാണ് ഗുരുവിനെ കുറിച്ച് ഉള്ള യഥാർത്ഥമായ സങ്കല്പം വേണ്ടത് അവന്റെ ഒരു ആധ്യാത്മിക വേണ്ട സങ്കല്പങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒരു ലൗകികനായ മനുഷ്യൻ അവന്റെ ആർത്തിശമനത്തിനുവേണ്ടി ഗുരുവിനെ സമീപിക്കുമ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് അവൻ എന്ത് സങ്കല്പങ്ങളുമാകാം അവന്റെ ഭാവനകൾക്കനുസരിച്ച് പക്ഷെ ഒരു ആധ്യാത്മിക ജിജ്ഞാസുവിനെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗുരുവിൽ നിന്ന് അവൻ ലൌകികമായിട്ടൊന്നും നേടാൻ ആഗ്രഹിക്കുന്നു ഒരു ആർത്തി അങ്ങനെ എല്ലാ ഗുരുവിൽ നിന്നും ലൌകികമായി പലതും നേടാൻ ആഗ്രഹിക്കുന്നു അവനെ സംബന്ധിച്ച് ഗുരുവിനെ സംബന്ധിച്ച് പല ഭാവനകളുമാകാം പക്ഷെ ഒരു ആധ്യാത്മിക ജിജ്ഞാസവിനെ സംബന്ധിച്ച് ഗുരുവിനെ സംബന്ധിച്ചുള്ള എന്താണ് ഗുരുസാക്ഷാത് പരം ബ്രഹ്മ എന്ന സങ്കല്പം തന്നെ അന്ന് പറയുമ്പോൾ ഗുരു ഒരു വ്യക്തിയല്ലാതെ പേര് പരമാർത്ഥ തത്വമാണ് എന്നുള്ള ദൃഢമായ സങ്കല്പന്റെ മനസ്സ് അതാണ് ഗുരുവിന്റെ മഹത്വം എന്ന് പറയുന്നത് ആ രീതിയിൽ ഗുരുവിന്റെ മഹത്വത്തെ പരമാർത്ഥ തത്വത്തിന് മാത്രമേ തന്റെ ദൌർബല്യങ്ങളെ പരിഹരിക്കാൻ പറ്റൂ എല്ലാ മറ്റൊന്നിനും സാധ്യമല്ല അതിനുവേണ്ടി ഗുരുവിന്റെ കൃപ തന്നെ ഉണ്ടാകണം ആ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം അതിൽ പൂർണമായ ശ്രദ്ധ ഗുരുവിനുള്ള പൂർണമായ ശ്രദ്ധ ശ്രദ്ധ എന്ന് തരത്തിലുണ്ട് ഒന്ന് ശ്രദ്ധ ലൌകികനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ അന്ധമായ ശ്രദ്ധയാണ് ഒരു സാധുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണോ വിവേകപൂർണമായ ശ്രദ്ധ അതാണ് വിവേകപൂർണമായ ശ്രദ്ധയാണ് ആ വിവേകമെന്ന് പറയുന്നത് എന്താണ് ഗുരുവിന്റെ പരമാർത്ഥ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ടുള്ള ശ്രദ്ധ വ്യക്തിഭാവത്തിൽ നിന്നും തത്വഭാവത്തെ ഗ്രഹിച്ചുകൊണ്ട് ഗുരു സർവാന്തരിയാമിയായ അന്തരാത്മാവാണ് അതാണെ പരമാർത്ഥ തത്വം ഗീതയെ മറ്റും ആവർത്തിച്ച് ആവർത്തിച്ച് ഭഗവാൻ ഉപദേശിക്കുന്നതാണ് ആ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് ഉള്ള ശ്രദ്ധ അതിൽ വന്നു ആ ശ്രദ്ധ വരുമ്പോ അവിടെ ഗുരുവും അന്തര്യാമിയും രണ്ടും രണ്ടല്ല ഒന്ന് അവിടെ നിന്ന് ഉണ്ടാകുന്ന കൃപാവർഷം അത് അതുണ്ടാകുന്നതിനനുസരിച്ച് അവന് പൂർണമായ സമർപ്പണവും ഗുരുവിനുണ്ടാകുന്നു അപ്പൊ സമർപ്പണവും ഇതിലുണ്ട് ഇത് രണ്ടു സാധനങ്ങൾ ഉണ്ടാവണം അപ്പൊ ആ തത്വത്തിലുള്ള ശ്രദ്ധ ആ തത്വത്തിലുള്ള സമർപ്പണം ആ രീതിയിലേക്ക് അവന്റെ മാനസികഭാവങ്ങൾ ഉയർന്നു അപ്പൊ അവിടെ ഗുരുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ആ കൃപാവർഷം കൊണ്ട് അവന്റെ ആന്തരിക ശുദ്ധീകരണം സംഭവിക്കുന്നു ഈ ജീവന്റെ അശുദ്ധി എന്ന് പറയുന്നത് തന്നെയാണ് അവന്റെ ദൌർബല്യം എന്ന് പറയുന്നത് ആ ദൌർബല്യങ്ങളെ പരിഹരിക്കണമെങ്കിൽ അവന്റെ അശുദ്ധിയെ പരിഹരിക്കണം തന്റെ ദുർബലത കൊണ്ട് തന്റെ അശുദ്ധികളെ പരിഹരിക്കാൻ പറ്റില്ല അവന്റെ അശുദ്ധി എന്ന് പറയുന്നത് എന്താണ് അസൂക്ഷ്മമായി അവന്റെ അന്തരംഗത്തിലിരിക്കുന്ന കാമക്രോധാദികളും രാഗദ്വേഷാദികളും മതമാത്സര്യാദികളും ഇതൊക്കെ തന്നെയാണ് അശുദ്ധി വേറെ ഒന്നുമില്ല ഇത് വളരെ സൂക്ഷ്മമായി പിടികൂടിയിരിക്കുകയാണ് തന്നെ പിടികൂടിയിരിക്കുന്നു സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത രീതി അതൊന്നും തിരിച്ചറിയാൻ കഴിയാത്തത് നമ്മുടെ ദൌർബല്യം കൊണ്ടാണ് ഇത് ആന്തരികമായ ശുദ്ധീ ഗുരുവിന്റെ കൃപാവർഷം കൊണ്ട് അവൻ ഉണ്ടാവണം അപ്പൊ ഗുരുവിനെ സംബന്ധിച്ച് അവന്റെ ഭാവനകൾ ആ തരത്തിലായിരുന്നു അല്ല സാധാരണ മനുഷ്യനെ പോലെ ലൌകികമായ തുച്ഛമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സാധകൻ ഗുരുവിനെ സമീപിക്കുന്നില്ല അതൊക്കെ ദൌർബല്യങ്ങളാണ് തുച്ഛമായ കാര്യങ്ങൾക്ക് വേണ്ടി ഗുരുവിനെ സമീപിക്കും അപ്പൊ അത് ഗുരുവിനെ വ്യക്തിഭാവത്തിൽ കണ്ടാല് നമ്മുടെ ദൗർബല്യങ്ങളുടെ പൂർത്തീകരണത്തിനായി നമുക്ക് ഗുരുവിനെ സമീപിക്കാൻ പറ്റും ആ രണ്ടും തമ്മിൽ വ്യത്യാസം എനിക്ക് ധനം വേണമെന്നോ യശസ് വേണമെന്നോ മറ്റു തരത്തിലുള്ള ക്ഷേമങ്ങൾ വേണമെന്നോ ആഗ്രഹിക്കുക എന്ന് പറയുന്ന മനസ്സിന്റെ ദുർബലതകളാണ് അത് അതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഗുരുവിനെ സമീപിക്കുക എന്ന് പറയുമ്പോ എന്താണ് ഗുരുവിനെ നമ്മൾ ഒരു വ്യക്തിയായി കണ്ടാലേ നമുക്കത് സാധ്യമാകും ഒരു തത്വമായി കാണുമ്പോൾ എന്താണ് അവിടെ അവൻ ആത്മലാഭം മാത്രമേ ഗുരുവിൽ നിന്നാഗ്രഹിക്കുന്നുള്ളൂ മറ്റൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല മറ്റുള്ള സംഭവിക്കുക സംഭവിക്കാതിരിക്കുക ഗുരു സർവ്വ അനുഗ്രഹപ്രദാതാവാണ് എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ കഴിയുള്ളവനാണ് പക്ഷേ ഒരാൾ എല്ലാ അനുഗ്രഹങ്ങളും ഗുരുവിൽ നിന്ന് അർജ്ജിച്ചുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് അവന്റെ ജിജ്ഞാസക്ക് ശമനം ഉണ്ടാകത്തില്ല സംസാരമോചന അതിൽ നിന്നും സാധ്യമാകത്തില്ല സംസാരമോചന സാധ്യമാവണമെങ്കിൽ എന്ത് വേണം അവൻ ആത്മലാഭം തന്നെ ഉണ്ടാകണം അതാണ് മുഖ്യം അതിന് അവൻ ഗുരുവിന്റെ കൃപയ്ക്ക് പാത്രമായി തീരും അതിന് ഗുരുവിനുള്ള ശ്രദ്ധയും വിവേകപൂർവകമായ ശ്രദ്ധയും വിവേകപൂർവകമായ സമർപ്പണം അത് വരുമ്പോൾ അവൻ ആന്തരികമായ ശുദ്ധി സംഭവിച്ചുകൊണ്ടിരിക്കും ആന്തരികമായ ശുദ്ധി സംഭവിക്കുന്നതനുസരിച്ച് ഗുരുവിന്റെ ഉപദേശങ്ങൾ അവന് അവന്റെ ഉള്ളിൽ അപരോക്ഷമായി പ്രകാശിക്കും അത് ആത്മതത്വമാകണമെന്നില്ല ലൌകികമായ കാര്യങ്ങൾ സംബന്ധിച്ച് അതിനനുസരിക്കും നമ്മൾ പലപ്പോഴും ഗുരുവിന്റെ ഉപദേശത്തെ ഗ്രഹിച്ചിട്ടായിരിക്കില്ല അനുഷ്ഠിക്കുന്നത് ആന്തരികമായി യഥാർത്ഥമായി ഗ്രഹിച്ചിട്ടായിരിക്കില്ല നമ്മൾ അനുഷ്ഠിക്കുന്നത് നമുക്കെന്താണോ മനസ്സിലായത് അത് നമ്മൾ ചെയ്യുന്നു അതുപോലെ ഗുരുവെന്താണോ ഉദ്ദേശിച്ച അത് നമുക്ക് മനസ്സിലാവണം ഗുരു എന്താണോ താല്പര്യപ്പെട്ടത് അത് നമ്മുടെ പ്രവാസിക്കണം യഥാർത്ഥമായി ദേവന് ഉപദേശം ബോധ്യപ്പെട്ടതുപോലെ ബോധ്യപ്പെടണം പക്ഷെ സാധാരണഗതിയിൽ ഗുരുവൻ ഉപദേശം ബോധ്യപ്പെടുന്ന പലപ്പോഴും അസുരനും ബോധ്യപ്പെട്ടതുപോലെ അപ്പോൾ അവനിൽ നിന്ന് വരുന്ന പ്രവൃത്തികൾ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ പോലും ആസുര പ്രവർത്തികളായി അങ്ങനെ സംഭവിക്കാം അത് മാറണമെങ്കിൽ എന്ത് വേണം അവനാ ശുദ്ധി വരണം ആ ശുദ്ധി സ്വയം നേടാൻ കഴിയാത്ത അത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് നേടണം ഗുരുവിന്റെ സാധാരണ ഉപദേശങ്ങൾ ഇന്നത് ചെയ്യുക എന്നത് ചെയ്യാതിരിക്കുക ഉപദേശങ്ങളെ പോലും താത്പര്യം അവന്റെ ഉള്ളിൽ പ്രകാശിക്കും അത് പ്രകാശിച്ചിട്ട് അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു ആ പ്രവർത്തി അവന്റെ ദുർബലതകളെ പരിഹരിക്കും അവന്റെ ദുർബലതകളെന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങളും കാമക്രോധാദികളും മതമാത്സര്യങ്ങളും എല്ലാം അവിടെ പരിഹരിക്കും അതാണ് കർമ്മയോഗം എന്ന് പറയുന്നതിന്റെ തത്വം അതാണ് അല്ലാതെ നമ്മൾ സാധാരണ കരുതുന്ന ആത്മബലം കൊണ്ടിതൊന്നും നേടാൻ സാധിക്കും തന്റെ ബലം തന്റെ മനസ്സിന്റെ ബലം കൊണ്ട് ദുർബലനായിരിക്കുന്നവനത് നേടാൻ പറ്റില്ല ഈ രണ്ടു കാര്യങ്ങൾ ഗുരുവിലുള്ള ശ്രദ്ധയും ഗുരുവിലുള്ള സമർപ്പണവും ഇത് രണ്ടും എങ്ങനെ വരും ഇത് രണ്ടും ആ വ്യക്തിയുടെ ഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു ആന്തരികമായ ഭാവത്തെ ആശ്രയിച്ചാണ് ഇത് രണ്ടു വിരിക്കുന്നത് ഈ ഭാവം എന്ന് പറയുന്നത് സാറിന് നമ്മൾ പറയുന്ന നമ്മുടെ മനോഭാവം തന്നെ ഗുരുതത്വത്തോടുള്ള മനോഭാവം അത് തന്നെ ആ ഭാവം എത്രമാത്രം പരിശുദ്ധവും പവിത്രവുമാകും അതനുസരിച്ചാണ് ആ ശ്രദ്ധയും സമർപ്പണവും അവനിൽ ദൃഢമായി വരുന്നത് ഗുരുവിനെക്കുറിച്ചുള്ള സങ്കല്പം സാധാരണ ഒരു സാധാരണ ജീവൻ നിലനിൽ നിന്നുകൊണ്ട് ഗുരുവിനെക്കുറിച്ചുള്ള ആ ഭാവം അത് പരമാർത്ഥവും എന്ന് പറഞ്ഞല്ലോ അത് പരമപരിശുദ്ധവുമായി അതിൽ യാതൊരു കളങ്കങ്ങളും കടന്നു വരാൻ പാടില്ല യാതൊരുതരത്തിലുള്ള ആശങ്കകൾ അവിടെ കടന്നു വരാൻ പാടില്ല യാതൊരു തരത്തിലുള്ള ഭാവനകളും വരാൻ പാടില്ല അത് വരാതെ അത് തികച്ചു സംശുദ്ധമായിരിക്കും സംശുദ്ധമായ ഭാവം അവന്റെ ഉള്ളിൽ വരണം അതങ്ങനെ വരിക എളുപ്പമല്ല കാരണം ഗുരുവിനവൻ സമീപിക്കുമ്പോൾ അവന്റെ മനസ്സിൽ അവൻ വ്യക്തിയെ സമീപിക്കുകയാണ് അപ്പൊ വ്യക്തി എന്ന് പറയുമ്പോൾ അതെന്താണ് ബാഹ്യമായ രൂപമാണ് ബാഹ്യമായ രൂപമെന്ന് പറയുമ്പോൾ അത് ദ്വന്ദ്വാത്മകമാണ് എന്നുവെച്ചാൽ അതിന് അനുകൂല പ്രതികൂലങ്ങളും നന്മയും തിന്മയും ഗുണവും ദോഷവും എല്ലാം നമുക്ക് ആരോപിക്കാൻ കഴിയും പ്രപഞ്ച സ്വഭാവമാണ് നമ്മൾ കാണുന്നത് ഗുരുവിൽ നമ്മളൊരിക്കലും പ്രപഞ്ച സ്വഭാവത്തെ കാണാൻ പാടില്ല അത് തന്റെ പ്രപഞ്ച സംസ്കാരമനുസരിച്ച് ഗുരുവിലും നമ്മളതൊക്കെ ആരോപിക്കും അങ്ങനെ ഗുരുവിൽ നന്മയും തിന്മയും ആരോപിക്കും ഗുരുവിൽ സ്വാർത്ഥതയും നിസ്വാർത്ഥതയും ആരോപിക്കും ഗുരുവിൽ മമതയും നിർമത്വവും നമ്മൾ ആരോപിക്കും വൈരുദ്ധ്യങ്ങൾ ദ്ന്ദ്വാത്മകം എന്ന് പറയുന്ന ഇതെല്ലാം ഗുരുവിലും നമ്മൾ സങ്കല്പിക്കും എന്തുകൊണ്ട് തന്റെ സംസ്കാരം അതാണ് അതേ തനിക്ക് ഭാവന ചെയ്യാൻ പറ്റും ഇതാണ് നമ്മളിൽ നിലവിലിരിക്കുന്ന ഭാവം ഈ ഭാവങ്ങളൊന്നും അവിടെ വരാൻ പാടില്ല പരിശുദ്ധമായ ഭാവം മാത്രമേ അവിടെ വരാൻ പാടുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗുരു നമ്മൾ കരുതുന്നു എന്താണ് ഗുരു സ്നേഹമുള്ള ആളാണ് നമ്മൾ കരുതുന്നത് ഗുരുവിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ നമുക്ക് പരിചയമുള്ള സ്നേഹമാണ് നമ്മൾ ഗുരുവിൽ ആരോപിക്കുന്നു നമുക്ക് പരിചയമുള്ള സ്നേഹം എന്താണ് മമതയാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ ജനിച്ചതിന് ശേഷം ആരെല്ലാം നമ്മൾക്ക് അനുകൂലമായിരുന്നു നമ്മോടാർക്കൊക്കെ അനുകൂലമുണ്ടായിരുന്നു അവരിൽ നിന്നും നമ്മൾ പരിചയപ്പെട്ട സ്നേഹം അത് മമതയാണ് മാതാപിതാക്കളിൽ നിന്നായാലും ബന്ധുവർഗത്തിൽ നിന്നായാലും മിത്രങ്ങളിൽ നിന്നായാലും എവിടെ നിന്നെല്ലാം നമുക്ക് സ്നേഹം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം മമതയാണ് കാരണം സാധാരണ ഒരു മനുഷ്യന് മമതയ്ക്കപ്പുറമുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് പരിചയം നമ്മൾ ഗുരുവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഗുരുവിൽ നിന്നും ലഭിക്കുന്നതും നമ്മൾ വരുന്ന എന്താണ് മമതയെന്ന് അതുതന്നെ ആദ്യത്തെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മമതയില്ല ഗുരു നിർമനാണ് ഗുരുവിൽ നിന്നൊരിക്കലും ഒരിടത്തും മമത എന്ന് പറയുന്നൊന്നും ഉണ്ടാകരുത് ഗുരുവിന്റെ സ്നേഹമെന്ന് പറയുന്ന എന്താണ് അത് അലൌകികമാണ് അത് ആത്മാനന്ദം തന്നെയാണ് ഗുരുവിന്റെ സ്നേഹവും പക്ഷെ അത് മനസ്സിലാക്കാതെ ഗുരുവിന്റെ സ്നേഹത്തെ നമ്മൾക്ക് പരിചയമുള്ള സ്നേഹങ്ങളുമായി താരതമ്യപ്പെടുത്തിയിട്ട് അതൊരു വലിയ സ്നേഹമാണെന്ന് നമ്മൾ കരുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അടുത്ത് നമ്മൾ ഗുരുവിൽ നിന്ന് നമുക്ക് അനിഷ്ടങ്ങളും അനുഭവപ്പെടും കാരണം സാധാരണ മമതയുള്ളിടത്ത് അനിഷ്ടവും വരും അപ്പോൾ ഗുരുവിന് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു ഇപ്പോൾ അനിഷ്ടമായി ഗുരു എന്നെ സ്നേഹിച്ചിരുന്നു ഇപ്പോൾ വെറുക്കുന്നു ഈ തരത്തിൽ ഗുരുവിനെ കുറിച്ച് സങ്കല്പിക്കുന്നു സാധാരണ ലൌകികമായ മനുഷ്യരോട് കുറിച്ച് നമ്മൾ സങ്കല്പിക്കുന്നു അപ്പോൾ അവനൊരിക്കലും ഗുരുവിന്റെ അലൌകികമായ സ്നേഹത്തേവന് അനുഭവിക്കാൻ കഴിയത്തില്ല ഇതൊക്കെ ഇതൊരു ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് സാധാരണ വരുത്തുന്ന തെറ്റുകളാണ് സാധാരണ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളാണ് ഗുരുവിന്റെ സ്നേഹത്തിന് അതിന് ഏറ്റക്കുറച്ചിലില്ല അത് നിരതിശയമാണ് സാതിശയമാണ് അതിൽ മറ്റു വിപരീത ഭാവങ്ങളൊന്നുമില്ല നമ്മൾ ആരെങ്കിലും ഒരാളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമുക്കവിടെ വിദ്വേഷവും പ്രതീക്ഷിക്കാം സ്നേഹത്തിന്റെ വിപരീത ഭാവങ്ങളും പ്രതീക്ഷിക്കാം പക്ഷെ ഗുരുവിൽ സ്നേഹം അതല്ല ഗുരുവിന്റെ സ്നേഹമെന്ന് പറയുന്ന എന്താണത് ഗുരുവിൽ നിന്ന് സഹജമായി സർവലോക അനുഗ്രാഹകമായി അനുകമ്പാരൂപത്തിൽ ജീവ അനുകമ്പാരൂപത്തിൽ പ്രവഹിക്കുന്ന അത് ഗുരുവിന്റെ സഹജഭാവമാണ് അതിൽ പിന്നെ വിപരീത ഭാവമില്ല കാരണം എന്താണ് അത് ദ്വന്ദ്വാതീതമാണ് വിമത്സരമാണ് പക്ഷെ ആ അതാണ് ഗുരുവിൽ നിന്നും പ്രവഹിക്കുന്നതെങ്കിലും പക്ഷെ നമ്മൾ ഉൾക്കൊള്ളുന്ന എന്തായിരിക്കും നമുക്ക് പരിചയമുള്ള അതായിരിക്കും അതായത് അപാരമായ സമുദ്രത്തിന്റെ അടുത്ത് ചെന്നാലും നമുക്കതിൽ നിന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പാത്രമനുസരിച്ച് വെള്ളം കോരിയെടുക്കാൻ പറ്റും നമ്മൾ കോരിയെടുത്ത ജലമാണോ സമുദ്രജലം സമുദ്രജലം ഇതിന് ഉൾക്കൊണ്ടിരിക്കുന്നു നമ്മൾ ധരിക്കും അപ്പോൾ ആ ഒരു വ്യത്യാസം വരും ഇതൊരുദാഹരണമായി പറഞ്ഞാണ് ഇതുപോലെ ഗുരുവിനെ സംബന്ധിക്കുന്ന ഏതു കാര്യങ്ങളിലും നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് അതിനെ ഉൾക്കൊള്ളുമ്പോൾ പോരായ്മകൾ വരും ആ പോരായ്മകളെല്ലാം ഇരിക്കുന്ന ഇവിടെ നമ്മളിൽ എന്നിട്ട് നമ്മളെന്ത് ചെയ്യും ഇതാ ഗുരുവിന്റെ പോരായ്മയാണെന്ന് നമ്മൾ ധരിക്കും അപ്പൊ അത് പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം തന്റെ യോഗ്യത അവിടെ പ്രകടമായി വരണം അത് പ്രകടമായി വരണമെങ്കിൽ തന്റെ ഭാവം ശരിയായിരിക്കണം അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് തന്റെ നിഷ്കപടമായ ഭാവം അത് ദൃഢമായിരിക്കും ഗുരുവിൽ ആ ഒരു ഭാവം വന്നുകഴിഞ്ഞാൽ ആ ഭാവം ഇത് പരസ്പരാപേക്ഷമാണല്ലോ ശ്രദ്ധ സമർപ്പണം ആന്തരികമായ ഭാവം ഇതെല്ലാം പരസ്പരാപേക്ഷിതമാണ് ഇതനുസരിച്ച് ആ ഭാവത്തോടു കൂടി ഗുരുവിനെ സമീപിച്ചു കഴിഞ്ഞാൽ മാത്രമേ വാസ്തവത്തിൽ ഗുരുവിന്റെ നിരതിശയമായ പ്രേമത്തെ ഗുരുവിന് അനുഭവിക്കാൻ കഴിയും ിൽ ലൌകികമായ സ്നേഹത്തിൽ നിന്നും കുറച്ചുകൂടി വലിയൊരു സ്നേഹമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റത്തുള്ളൂ ഉപനിഷത്തിൽ പറയല്ലോ ആനന്ദത്തിന്റെ ഏറ്റവും കുറിച്ചിലും പരബ്രഹ്മത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത് എന്താണ് അത് ഭൂമാവാണോ എന്നുവെച്ചാൽ അതിനവില്ല അപ്പോൾ ഗുരുവിന്റെ സ്നേഹത്തിന് വാസ്തവത്തിന് അളവില്ല പക്ഷെ നമ്മൾ എന്തു ചെയ്യുന്നു അവിടെ നിന്നും നമ്മൾ നമ്മുടെ അളവ് പാത്രം അനുസരിച്ച് നമ്മൾ സ്വീകരിച്ചിട്ട് ഗുരുവിനും എന്തു ചെയ്യുന്നു നമ്മൾ നന്മ തിന്മകളെല്ലാം ആരോപിക്കുന്നു ഗുണദോഷങ്ങളെല്ലാം ആരോപിക്കുന്നു നമ്മുടെ ദോഷത്തെ നമ്മൾ ഗുരുവിൽ ആരോപിക്കുന്നു ഇതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതെല്ലാം സംഭവിക്കുന്നതിനൊരു പ്രധാന കാരണമെന്താണ് ഗുരുവിനെ നമ്മൾ വ്യക്തിഭാവത്തിൽ കാണുന്നു ഗുരുവിനെ തത്വഭാവത്തിൽ കാണുന്നു ഗുരുവിനെ പരമാത്മരൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല അവിടെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വിവേകപൂർവമായ ശ്രദ്ധ അത് വേണം അല്ല ഞാൻ ഗുരുവിനെ വിശ്വസിക്കുന്നു ഞാൻ ഗുരുവിന് പൂർണ്ണമായും സമർപ്പിതനായിരിക്കുന്നു എന്നും സ്വയം കേവലമായി അഭിമാനിക്കുന്ന കാര്യമില്ല സാധാരണ ഇതെല്ലാം ആൾക്കാർ പറയുന്നത് ഒരു കേവലമായ അഭിമാനം എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെ പറയും ഞാൻ പൂർണമായും ഗുരുവിന് വിധേയനാണ് ഇതെല്ലാം വരും വാചക കസരത്തുകളായും കേവല അഭിമാന വചനങ്ങളായും മാത്രേ നിൽക്കൂ അവിടെ ആന്തരികമായ ഭാവം അതിനനുസരിച്ച് വരത്തില്ല ഗുരുവിനെ സംബന്ധിച്ചുള്ള ആ നിഷ്കളങ്കമായ ഭാവം അവന്റെ മനസ്സിൽ വരത്തില്ല നിഷ്കപടമായ ഭാവം വരത്തില്ല തന്റെ മനസ്സ് തന്നെ തന്നെ കബളിപ്പിക്കുന്നവന് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരത്തില്ല ആ തലത്തിലേക്ക് അവന്റെ അന്ധകരണം വികസിക്കണം ഗുരുവിനെ മനസ്സിലാക്കുക ഗുരുതത്വത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് എന്താണ് അത് ശരിക്കും ആത്മജ്ഞാനത്തിന്റെ വഴിയാണ് ആത്മബോധത്തിന്റെ തന്നെ മാർഗമാണ് അവന്റെ ആത്മബോധം എത്രമാത്രം വികസ്വരമാകുന്നു അതിനനുസരിച്ച് മാത്രമേ അവന് ഗുരുവിന്റെ മഹത്വവും വെളിപ്പെടുത്തുള്ളൂ അതല്ലാതെ ഗുരുവിന്റെ മഹത്വത്തെ വെളിപ്പെടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പരമാവധി ഒരു ലൗകിക മനുഷ്യനെ പോലെ ലൌകിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗുരു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് പല അത്ഭുതങ്ങളും വച്ച് വലിയൊരു അത്ഭുതം അവർ വലിയ അത്ഭുതമായിട്ട് നോക്കും ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗുരു അത്ഭുതമല്ല ഗുരു പരമാർത്ഥമാണ് ആ പരമാർത്ഥത്തെ പരമാർത്ഥഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുവിൽ ശ്രദ്ധയും ഗുരുവിൽ സമർപ്പണവും വന്നു അത് വരുന്നതിനനുസരിച്ച് വരുക എന്ന് പറഞ്ഞാൽ അത് അവരവസാന വാക്കല്ല എത്രമാത്രമാണോ അവൻ ആ വിഷയത്തിൽ പുരോഗമിക്കുന്നത് അതനുസരിച്ച് ഗുരുവിന്റെ അനുഗ്രഹമല്ല ആ അനുഗ്രഹം വീണ്ടും അവന് മുന്നോട്ട് നയിക്കൂ അത് ആത്യന്തികമായി ഗുരുവും ശിഷ്യനും എന്നുള്ള ആ ഭേദത്തെ കൂടി നശിപ്പിക്കുന്നു ഗുരുതത്വത്തെ പൂർണമായും ഗുരുവിനെപ്പോ ഗ്രഹിക്കുന്നു അവനിൽ ഗുരു ഭേദം പൂർണ്ണമായും അറ്റുപോകൂ അപ്പോൾ മാത്രമേ അവന് ഗുരുതത്വത്തെ അവന് പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ അതാണ് അതിന്റെ പരമാവധി ആ പരമമായ നിലയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരുവൻ തുടങ്ങേണ്ടത് ഇതിന്റെ അവസാനം ഇന്നതാണ് നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വ്യക്തമായൊരു ധാരണയുണ്ടെങ്കിൽ പരമാവധി ക്ലേശങ്ങളെ കുറയ്ക്കാൻ പറ്റും കാരണം ആ യാത്രയ്ക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി നമുക്ക് പോകാൻ പറ്റും അതുകൊണ്ട് പരമമായ ഗുരുതത്വത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഗുരുശിഷ്യ ഭേദം അവിടെ അറ്റുപോകുക എന്നുള്ളതാണ് അത് ആത്മസാക്ഷാത്കാരം തന്നെ അത് പരമാത്മപ്രാപ്തി തന്നെ അതുകൊണ്ടാണ് ഗുരു സാക്ഷാത് പരമ്പ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് ആധ്യാത്മികന്മാരെ സംബന്ധിച്ചിടത്തോളം ആ പരമാത്മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഗുരുഭാവം അതാണ് അവരുടെ മനസ്സിൽ അവർ സൂക്ഷിക്കേണ്ടത് ലൗകികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ഗുരുവിനെ എങ്ങനെയാണോ സങ്കല്പിച്ച് ഗുരുവിൽ നിന്നവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് നേടിയെടുക്കാം അത് മറ്റൊരു വിഷയമാണ് അവിടെ നമ്മളിത് പറയേണ്ട കാര്യം ഇവിടെ ഇതിനാണ് പ്രാധാന്യം ഇപ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് പ്രഥമമായ വളരെ നിഷ്കപടമായ ഒരു ഭാവം പരിശുദ്ധമായ ഒരു ഭാവം ഗുരുവിന്റെ മനസ്സിന് നിലനിർത്തുക എന്നാണ് എന്റെ തുടർ ആ പരിശുദ്ധമായ ഭാവത്തെ നിലനിർത്തി ഒരു തരത്തിലുള്ള ആശങ്കകളും മനസ്സിൽ വരാതെ ആ ഒരു ഭാവത്തെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അത് തുടക്കമായി അതിന്റെ ദാർഢ്യമെന്ന് പറയുന്നത് ഗുരുവിന്റെ അനുഗ്രഹമനുസരിച്ചിരിക്കും ആ ഭാവം വരുമ്പോൾ വാസ്തവത്തിൽ ഏതൊരു പരിശുദ്ധമായ ഭാവം നമ്മുടെ മനസ്സിൽ വരുന്നു അത് ഗുരുവിനെ സംബന്ധിച്ചെന്നുള്ളതല്ല ഏത് വിഷയത്തെ സംബന്ധിച്ചാലും ആ പരിശുദ്ധമായ ഭാവം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അവിടെ ഈശ്വരപ്രസാദം അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും സ്വാഭാവികമായും അവിടെ അതെത്തിച്ചേരും ഈശ്വര കൃപ എന്ന് പറയുന്നത് അവിടെ എത്തിച്ചേരും അതിനാണ് പ്രാധാന്യം ആ രീതിയിൽ ഒരുവൻ മുന്നോട്ടു പോകുക ഗുരുവിനെ സമീപിക്കുക എന്നവ ഗുരുവിനെ സമീപിക്കുക എന്ന് പറയുന്നത് ഗുരു ഉപസത്യ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഇത് പറഞ്ഞിട്ടുള്ളതാണ് അതിനുവേണ്ടി ചോദിച്ചുകൊണ്ട് പറയുക ആ ഗുരുപസത്യെന്ന് പറയുന്നത് അത് ആന്തരികമായി സംഭവിക്കുന്നു ബാഹ്യമായി സംഭവിക്കുന്നത് അത് ലൗകികമാണ് നമ്മൾ ഗുരുവിന്റെ സമീപത്തിരിക്കുന്നു ഗുരുവിന്റെ അടുത്തിരിക്കുന്നു ശാരീരികമായ സാമീപ്യം ശാരീരികമായ അടുപ്പം അതൊക്കെ തികച്ചും ലൗകികമാണ് അത് ആധ്യാത്മിക പറയാൻ പറ്റത്തില്ല ആധ്യാത്മികമായ സാമീപ്യം എന്ന് പറയുന്നത് എന്താണ് ആന്തരികമായ ഗുരുവിന്റെ സാന്നിധ്യം ഒരുവന് ഉള്ളിൽ അനുഭവിക്കാൻ കഴിയും അത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അവന്റെ ഉള്ളിൽ ശ്രദ്ധമായി വരണം ഗുരുവിനെക്കുറിച്ച് അവന് പരമാർത്ഥ ഭാവന വരണം പരിശുദ്ധമായ സങ്കല്പങ്ങൾ അവന്റെ ഉള്ളിൽ ഗുരുവിനെ സംബന്ധിച്ച് നിലകും അത് വന്നുകഴിഞ്ഞാൽ അവൻ പിന്നെ ഗുരുവിന്റെ ബാഹ്യമായ ഭാവങ്ങളിലൊന്നും അവന് ശ്രദ്ധയില്ലാതെ വരും ആന്തരിക മഹാഭാവത്തിന് ശ്രദ്ധ വരുമ്പോൾ ആ ഗുരുവിന്റെ സാമീപ്യം ആന്തരികമായി അനുഭവപ്പെടും ഗുരു ശാരീരികമായി അടുത്തിരിക്കുന്നോ ദൂരെ ഇരിക്കുന്നോ ശരീരത്തോടുകൂടിയിരിക്കുന്നോ അഥവാ ശരീരം നഷ്ടപ്പെട്ടോ ഇതിലൊന്നുമുള്ള വ്യത്യാസം അറിയത്തില്ല അപ്പോ ജീവിച്ചിരിക്കുന്ന ഗുരു ശരീരം ഉപേക്ഷിച്ച ഗുരു ആ വ്യത്യാസം വരത്തിൽ എന്തുകൊണ്ട് ഗുരുവിന്റെ സാമീപ്യം ആന്തരികമായ ഒരുവൻ അനുഭവിക്കാൻ കഴിയും അപ്പോൾ അവന് മനസ്സിലാവുന്ന എന്താണ് സർവ ഗുരുക്കന്മാരുടെയും സാന്നിധ്യം തന്റെ ഉള്ളിൽ അനുഭവിക്കാൻ വരും നമ്മൾ ഗുരുക്കന്മാരിൽ ഭേദത്തെ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ടല്ലോ അത് ശരീരത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഗുരുക്കന്മാരെ പലതായി തിരിക്കുന്നു പുരുഷനായ ഗുരു സ്ത്രീയായ ഗുരു പലതരത്തിലും ഒരു ഗുരുക്കന്മാരൊക്കെയാണ് ഗുരുക്കന്മാരിൽ അങ്ങനെ ഒരു ഭേദമില്ല തത്വത്തിൽ ഒന്നാണ് സർവ ഗുരുക്കന്മാരുടെയും അനാദിയായ ഗുരുപരമ്പരയുടെ സാന്നിധ്യം അതാണ് നമ്മൾ ഗുരുപരമ്പരയെ സ്മരിക്കുന്നത് അതേപോലെ ഒരു ശബ്ദാത്മകമായ സ്മരണ എന്നുള്ളതിലുപരി അത് ആന്തരികമായ ഒരു അനുഭവമായി വരിക എന്ന് പറയുമ്പോൾ എല്ലാ ഗുരുക്കന്മാരുടെയും സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നു അത് ശബ്ദത്തിനുപരിയായി നേരത്തെ പറഞ്ഞല്ലോ ഏതായാലും ശരി ഗുരുപദേശം ശബ്ദരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടുക എന്ന് പറയുന്ന ഒന്നും മറിച്ച് അത് അനുഭവമായി വരിക എന്ന് പറയുന്ന രണ്ടാമത്തെ പടി അതുകൊണ്ടാണ് ശബ്ദത്തെ കുറിച്ച് നമ്മൾ പറയുള്ളത് ശബ്ദം വാച്യാർത്ഥത്തെ ബോധിപ്പിക്കുന്നു ലക്ഷ്യത്തെയും ബോധിപ്പിക്കുന്നു അപരോക്ഷമായ അനുഭവം എന്ന് പറയുന്നത് എന്താണ് ലക്ഷ്യാർത്ഥബോധമാണ് അവിടെയാണ് തകരാറ് നമ്മൾ അതിന് പക്വ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ വാച്യാർത്ഥബോധമേ നമുക്ക് പിടിക്കിട്ടുള്ളൂ ഒരു ഉപദേശത്തിന്റെ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും വാച്യാർത്ഥബോധമാണെങ്കിലോ സംശയത്തോടും വിപരീയത്തോടും അജ്ഞാനത്തോടും കൂടിയായിരിക്കും മഹാനായ ഗുരു ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ടുതായിരിക്കുന്നു അത് നീ യോഗ്യനല്ലെങ്കിൽ തൽക്കാലം നിനക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല ജന്മജന്മാന്തരങ്ങൾ കാത്തിരിക്കേണ്ടി വരും അത് ഫലവത്താകണമെങ്കിൽ അതുകൊണ്ട് ശബ്ദത്തിന്റെ അർത്ഥതലത്തിൽ നിന്നും അനുഭവതലത്തിലേക്ക് പോകണം എല്ലായിടത്തും ഇത് തന്നെയാണ് വിഷയം ഇവിടെ മാണ്ഡൂകൃത്തിൽ ചർച്ച ചെയ്യുന്നെടുത്തത് ഇവിടെയും വാസ്തവത്തിൽ നമ്മൾ വേറൊന്നുമല്ല ഗുരുതത്വത്തെയാണ് മനസ്സിലാക്കുന്നത് ആ ഗുരുതത്വത്തിന്റെ അപരോക്ഷത അതിനാണ് നമ്മൾ ഈ ഗുരു എന്ന് പറയുന്നത് പൂർണിമ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ നിറവ് അതെവിടെ വരണം തന്റെ ഉള്ളിൽ വരണം അത് ശബ്ദാർത്ഥ തലങ്ങളെ അതിക്രമിച്ചിട്ട് ക്ഷ്യാർത്ഥമായി വരണം ഈ പറയുന്നതും കേൾക്കുന്നതുമായ സർവ്വകാര്യങ്ങളിലും ഇത് ബാധകമാണ് നമ്മുടെ ഉള്ളെവിടെ നിൽക്കുന്നു ശബ്ദത്തിന്റെയും അർത്ഥത്തിന്റെയും തരത്തിലാണോ അതോ ലക്ഷ്യത്തിന്റെ തലത്തിലാണോ അതാണ് മുഖ്യം അപ്പോൾ ഗുരുവിന്റെ മഹത്വം ഒന്നും ഉണ്ടല്ല ഇവിടെ പ്രധാനം നമ്മുടെ മഹത്വമാണ് നമ്മുടെ മഹത്വം അനുസരിച്ച് കാര്യങ്ങളെല്ലാം ശരിയായി വരും ഗുരുക്കന്മാർ എന്താണ് കുറിച്ച് പറയുന്നത് എന്താണ് അഹേതുക ദയാസുഖ അവർ സർവ്വജീവന്മാർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് സദാകാലത്തും നിലനിൽക്കുന്നു കാലദേശങ്ങൾക്കെല്ലാം അതീതരായി അവർ നിലനിൽക്കുന്നു അതിന് പാത്രങ്ങളില്ല എന്നുള്ളത് എവിടെ ഇവിടുത്തെ പ്രശ്നം അല്ല ഗുരുക്കന്മാരുടെ കുറവുണ്ടായി അ സ്വീകരിക്കുന്നതിന് യോഗ്യരായ വ്യക്തികളില്ല അപ്പോൾ അവിടെ പ്രാധാന്യം എന്താണ് ആധ്യാത്മിക സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം എന്തിനാണ് തനിക്ക് തന്നെയാണ് പ്രാധാന്യം ഗുരു ഇല്ലാതെ ഒരിക്കലും വരത്തില്ല യോഗ്യനായ ശിഷ്യനില്ലാതെ പലപ്പോഴും വരുന്നുണ്ട് ശിഷ്യന്റെ യോഗ്യതയാണ് അവിടെ പ്രാധാന്യമായി വരുന്നത് അതിനുവേണ്ടി ഒരുവൻ പരിശ്രമിക്കുക ആ പരിശ്രമത്തിന്റെ പൂർണതയാണ് ഗുരു പൂർണിമ എന്ന് അത് തന്റെ ഉള്ളിൽ അത് പ്രകാശിക്കും അത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധ്യമാകൂ അതുകൊണ്ടാണ് നമ്മൾ ആ പരമാത്മാവിനെ ഗുരുതത്വമായി സ്മരിക്കുന്നത് പരമാത്മാ തത്വം എന്നുള്ളതിൽ ഉപരിയായി ഗുരുതത്വമായി സ്മരിക്കുന്നത് രണ്ടൊന്നാണ് അവിടെയാണ് ഗുരുവിന്റെ സാധനയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് അതുകൊണ്ട് ഗുരുസ്മരണ എന്തെല്ലാം ശാസ്ത്രം എന്തെല്ലാം അഭ്യാസം എന്തെല്ലാം പസർത്തുകൾ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നാലും ശരി എത്രമാത്രം ബുദ്ധിവൈഭവം ഉണ്ടായാലും ശരി എത്രമാത്രം ശാസ്ത്ര വേദുഷ്യം ഉണ്ടായാലും ശരി എത്രമാത്രം അനുഷ്ഠാന സാമർഥ്യം ഉണ്ടായാലും ശരി അവിടെയെല്ലാം ഗുരുസ്മരണ അത് വിടാതിരുന്നാലേ ഇതെല്ലാം ഫലവത്താകത്തുള്ളൂ എല്ലാം പ്രയോജനം ചെയ്യത്തുള്ളൂ ിൽ ഇതെല്ലാം ഇതിന്റെ തലത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഒന്നും ഫലവത്താകത്തില്ല അതുകൊണ്ടിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നു ആ തന്നെയാണ് ഗുരു പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നു ശിഷ്യൻ അത് ബുദ്ധിക്ക് പിടികിട്ടുന്നു പക്ഷെ അത് അനുഭവത്തിൽ വരുന്നുണ്ട് ബുദ്ധിക്ക് പിടികിട്ടിയ കാര്യം നമ്മൾ കേവലം ശബ്ദത്തിലൂടെ ആവർത്തിക്കുന്നതുകൊണ്ട് വാസ്തവത്തിൽ നമുക്ക് പോലും സമാധാനം തരത്തില്ല കേൾക്കുന്നവന് സമാധാനം ഉണ്ടാകത്തില്ല എന്താണോ നമ്മൾ ആവർത്തിക്കുന്നതി പറയുന്നു ഈ ജാഗ്രത് ഇത് അസത്യമാണ് സത്യമല്ല അവന്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് അസത്യം എന്ന് അതുകൊണ്ട് എന്താ കാര്യം ഇത് അസത്യമാണെന്ന് അറിയുന്നത് കൊണ്ട് അവന്റെ പ്രശ്നങ്ങളൊന്നും അവന്റെ പ്രശ്നങ്ങളെന്ന് പറയുന്ന എന്താണ് അവന്റെ രാഗദ്വേഷങ്ങൾ മതമാത്സര്യങ്ങൾ കാമക്രോധങ്ങൾ ഇതിലൊന്നും ഇത് ഒരു മരുന്നാകുന്നുണ്ട് ഇതെല്ലാം വീണ്ടും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ചിത്തത്തിന് സ്വസ്ഥത വരുന്നു അതാണല്ലോ വേണ്ടത് ഇവിടെ പറയുന്ന പരമമായ ശാന്തി അവന് അനുഭവിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ എന്താ പോരായ്മ പോരായ്മ ഈ പറയുന്ന ഉപദേശം ഗുരുവിന്റെ ഉപദേശം ശബ്ദാർത്ഥ തലങ്ങളെ വിട്ട് അവന്റെ സ്വാനുഭവമായി വരുന്നു ഇത് നമ്മൾ ആർജിച്ച ഒരു അനുഭവമായിട്ടിരിക്കുകയാണ് തന്റേതായി തന്നിൽ പ്രകാശിക്കുന്നില്ല അതുകൊണ്ടാണ് പല ഭാഗങ്ങളിലും എന്താണ് ഈ ശാസ്ത്രങ്ങളൊന്നും നിങ്ങളെ രക്ഷിക്കത്തില്ല എന്ന് പറയുന്നു ഒരു ശാസ്ത്രവും നിങ്ങളെ രക്ഷിക്കത്തില്ല ശാസ്ത്രം ബുദ്ധിയുടെ തരത്തിൽ ഇരിക്കുന്നു ശാസ്ത്രം ബുദ്ധി ആർജിച്ച അറിവായിരിക്കുന്നു വാസ്തവത്തില എന്താണ് കേവലം മനോവൃത്തികളാണ് നമ്മളിതിനെ അസത്യമെന്ന് അറിയുകയോ ബ്രഹ്മത്തെക്കുറിച്ച് കോടിക്കോടി ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാലും ശരി ഇതെല്ലാം കേവലം മനോവൃത്തികളാണ് മനസ്സിന്റെ പരിണാമങ്ങളാണ് അല്ല ഈ മനോവൃത്തികൾ എന്താണ് പ്രദക്ഷിണമുണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നവയാണ് ഇതൊന്നും സ്ഥായിയല്ല നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ് നിരന്തര സസ്യങ്ങൾ ശ്രവിക്കുന്നു മനോവൃത്തികളുണ്ടാകുന്നു അത് ക്ഷയിച്ചു പോകുന്നു വീണ്ടും അവന്റെ ദുർവാസനകൾക്കനുസരിച്ച് തന്നെ അവൻ ജീവിച്ചും പ്രവർത്തിച്ചും പോകുന്നു അവിടെ അതാണ് ആ തകരാറാണ് പരിഹരിക്കേണ്ടത് ഇത് മൊത്തത്തിൽ ഇതിനെന്തു പറയാം നമ്മുടെ മനസ്സിന്റെ ഒരു ദൌർബല്യം എന്ന് പറയാം ഈ ഗ്രഹണവും ധാരണവും എല്ലാം മനസ്സിന്റെ ദൗർബല്യങ്ങളാണ് ഇത് പരിഹരിക്കണമെങ്കിൽ എന്തുവേണം അത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടേ സാധ്യമാണ് ഈ ദൗർബല്യത്തെ പരിഹരിക്കുന്നു തന്റേതായും മാത്രം താൻ ആർജിച്ചതല്ലാതായി ചെയ്തു തന്റേതാണെങ്കിൽ പിന്നെ താൻ ആർജിക്കേണ്ട ആവശ്യമുണ്ട് തന്നെ തന്നെ ഉള്ളതാണ് അതാണ് അത് സ്വത പ്രകാശിക്കണമെന്ന് പറയുന്നു അത് അവസാനത്തെ ഒരു കടമ്പയാണ് തത്വത്തെ എത്രയൊക്കെ ബോധിച്ചു കഴിഞ്ഞാലും അത് സ്വയം പ്രകാശിക്കാതിരിക്കുക തന്നിൽ നിന്ന് തന്നെ അത് സ്ഫുരിക്കാതിരിക്കുക അത് സംഭവിക്കും ഇവിടെ ഇപ്പൊ എന്താണ് തന്റെ മനോവൃത്തികളാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത് ഇപ്പൊ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് തന്റെ അനുഭവമായി വരുമ്പോൾ എന്ത് ഇതിനെയെല്ലാം ഈ മനോവൃത്തികളെയെല്ലാം ഇത് പ്രകാശിപ്പിക്കും ചെറിയൊരു വ്യത്യാസം നമ്മളിതിനെ ഗ്രഹിക്കുമ്പോൾ നമ്മളെ മനോവൃത്തികൾ ഇതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് തന്റേതായി മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് സ്വാനുഭവമായി മാറിക്കഴിയുമ്പോൾ ഈ അനുഭവം തന്നെ ഈ മനോവൃത്തികളെ പ്രകാശിപ്പിക്കുന്നു ഇതാണ് രണ്ടും വ്യത്യാസം ഒന്ന് ഉള്ളിൽ നിന്ന് വരുന്നു മറ്റൊന്ന് പുറമേ നിന്ന് വരുന്നു ഇതാണ് രണ്ടെന്നും നല്ല വ്യത്യാസം നമ്മുടെ മനസ്സിനെ മനസ്സൊന്നിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് മറ്റങ്ങനെ അല്ല ഇത് മനസ്സിനെ ഉൾക്കൊള്ളുന്നു തത്വജ്ഞാനിയുടെ ഗുരുവിന്റെ നില അതാണ് ഗുരു എന്ത് ചെയ്യുന്നു ഗുരുവിന്റെ അനുഭവം ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു അതാണ് ഗുരുവിന്റെ ഉപദേശം എന്ന് പറയുന്നത് ഗുരുവിന്റെ അനുഭവം തന്നെ ഇതിനെ പ്രകാശിപ്പിക്കുന്നു ഗുരുവിന്റെ അന്തരാത്മാവ് തന്നെ ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതാണ് ഗുരുവിന്റെ ഉപദേശം എന്ന് പറയുന്നത് ശിഷ്യൻ ഗ്രഹിക്കുമ്പോഴോ ഗുരുവിന്റെ ആ പ്രകാശത്തെ അവന്റെ മനസ്സ് ഉൾക്കൊള്ളുന്നു അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അവന്റെ മനസ്സിനത് പിടികിട്ടുന്നു പക്ഷെ മനസ്സ് സ്വതേയ ദുർബലമാണ് ക്ഷണികമാണ് നശിക്കുന്നതാണ് അത് ബലമുണ്ട് ദുർബലതയുണ്ട് അതനുസരിച്ച് ഈ തത്വം അവനെ സംബന്ധിച്ചിടത്തോളം പ്രകാശിച്ചും അപ്രകാശിച്ചും ബലപ്പെട്ടും ബലം കുറഞ്ഞുമെല്ലായിരിക്കും അതിനൊരു സ്ഥായി ഭാവമാണ് ഗുരുവിൽ അങ്ങനെയല്ല ഗുരുവിന്റെ ഈ അനുഭവത്തിലാണ് ഗുരുവിന്റെ എല്ലാ മനോവൃത്തികളും പ്രകാശിക്കുന്നത് ഈ ഒരു വ്യത്യാസം പരിഹരിക്കുന്നത് ഈ ദുർബലമായ മനസ്സുകൊണ്ട് നമുക്ക് സാധ്യമല്ല പരോക്ഷമായി ഗ്രഹിച്ചിരിക്കുന്നത് തന്റെ ഉള്ളിൽ അതിനെ അപരോക്ഷമായി പ്രതിഷ്ഠിക്കണമെങ്കിൽ അത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധ്യമാകൂ അതുണ്ടാകണം അത് ഗുരുവിന്റെ അനുഗ്രഹം അവിടെ വരണമെങ്കിൽ എന്ത് വേണം ഗുരുക്കന്മാർ സത്പാത്രത്തിലെ വലിയ മഹത്തായ ദാനങ്ങൾ അവർ ചെയ്യത്തുള്ളൂ ചെറിയ ദാനങ്ങളൊക്കെ അവര് പാത്രം എത്ര മോശമായാലും ചെയ്യും തുച്ഛമായ ദാനങ്ങൾ പ്രാപഞ്ചികമായ ദാനങ്ങളെല്ലാം ദൂഷിച്ച പാത്രങ്ങളിലും കിട്ടും പാത്രത്തിനനുസരിച്ച് കൊടുക്കും പാത്രമറിഞ്ഞു കൊടുക്കുക എന്ന് പറയാം പക്ഷെ വലിയ മഹത്തായ ദാനം എന്ന് പറയുമ്പോൾ സത്പാത്രത്തിലേ കൊടുക്കും അപ്പം അവിടെ സത്പാത്രമാകുക എന്നുള്ളതാണ് തന്റെ ആന്തരികമായ ശുദ്ധീകരണം സംഭവിക്കുക എന്നുള്ളതാണ് മറ്റുള്ളത് വിടെയാണ് ശരിക്കും പറയുന്ന ഗുരുപൂർണിമ എന്ന് പറയുന്നതാണ് ഗുരുവിന്റെ പൂർണ്ണത തന്റെ ആന്തരികാനുഭവമായിട്ട് മാറുന്ന അവിടെയാണ് അങ്ങനെ ആധ്യാത്മികമായ തലത്തിൽ അതിനെ മനസ്സിൽ ധരിച്ചുകൊണ്ട് വേണം നമ്മുടെ എല്ലാ ആധ്യാത്മികമായ സാധനങ്ങളിലും മുന്നോട്ട് പോകേണ്ടത് അത് ഈ സന്ദർഭത്തിനും അതിന് പ്രാധാന്യം നമ്മൾ ഏറ്റവും വലിയ തത്വത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന എന്തിനും അവിടെയും ഇതിന്റെ ആവശ്യമുണ്ട് ഇവിടെ അത് തന്നെ പറയുന്നു ഇവിടെ ഒരു ശ്രമം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് മണ്ടൂക്ക് ഗുരുവിനെ ബോധിപ്പിച്ചു ജാഗ്രത് അസത്വം പ്രപഞ്ചം അസുഖം തന്നെ പറയുന്നത് എന്നാണ് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ എന്തൊക്കെ അയക്കും പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ് ഭൂമി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് അത് മനസ്സ് ബഹിർമുഖമായി ഗ്രഹിക്കുന്നതാണ് മനസ്സിന് കുറച്ചുകൂടി മനസ്സിൽ തന്നെ നിർത്തി ഗ്രഹിക്കുകയാണെങ്കിൽ ജാഗ്രതെന്ന് ഗ്രഹിച്ചാൽ മതി ഈ ഉണർവ് നമ്മുടെ ഈ ജാഗ്രതന്റെ ഉണർവിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചെറിയ ബന്ധുക്കളാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെല്ലാം പറയുന്നു അതിന്റെ സ്ഥാനമേ ഉള്ളൂ അവിടെ ഉണർവിനാണ് പ്രാധാന്യം നമ്മുടെ ഉണർവിൽ ചെറിയ ബന്ധുക്കൾ നമുക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അതായിരിക്കും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ല അപ്പൊ ആ ജാഗ്രത ഉണർവിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി നമ്മുടെ ഈ ദൃശ്യങ്ങളെന്ന് പറയുന്നത് വളരെ തുച്ഛവും പരിമിതവുമാണ് നിസ്സാരവുമാണ് നമ്മൾ വിഷയത്തിൽ ഊന്നിയാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾക്ക് അത് വലുതായി തോന്നും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇതെല്ലാം വളരെ വലുതായിത്തോന്നും ബോധത്തിലൂന്നിയാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്ത് വരും ഈ ഉണർവ് വലുതും മറ്റതെല്ലാം ചെറുതുമായി തോന്നും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ജാഗ്രതാണ് ഇത് സത്യമല്ല അപ്പൊ പിന്നെ ജാഗ്രതത്തിലെ അനുഭവങ്ങൾ അത് വളരെ നിസ്സാരമാണ് പക്ഷെ ആ രീതിയിൽ അങ്ങോട്ട് ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട് അതിന് തടസ്സമുണ്ട് അപ്പോ എന്ത് ചെയ്യുന്നു അവനെ വീണ്ടും അവന്റെ ബുദ്ധിയുടെ മനസിന്റെ തലത്തിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ ചിന്തിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ യുക്തി പറയുന്നത് ഇവിടെ എന്താ വ്യക്തി പറയുന്നു ദൃശ്യമായിരിക്കുന്നു ദൃഷ്ടാന്തം പറയുന്നു സ്വപ്നം പോലെ സ്വപ്നത്തിൽ കാണപ്പെടുന്നത് അത് സത്യമല്ല ഉണരുമ്പോ ബോധ്യമാകുന്നു കാണപ്പെടുന്നത് സത്യമല്ല എന്നിങ്ങനെ ബോധ്യമാകുന്നു കാരണം കാണുന്നവൻ സത്യമാണ് അതുകൊണ്ട് തന്നെ കാണപ്പെടുന്നതൊന്നും സത്യമല്ലെന്ന് തേടുന്നു അനുഭവത്തിനുപരിയായ യുക്തിയെ കുറിച്ച് പറയുകയാണ് അനുഭവം കൊണ്ടാണെങ്കിൽ പിന്നെ യുക്തിയുടെ ആവശ്യമില്ല ഉള്ളന്ന് കഴിയുമ്പോൾ ബോധ്യപ്പെടുന്നു അത് കണ്ടതൊന്നും ശരിയല്ല പക്ഷെ അവിടെ ആ കാഴ്ചയ്ക്ക് ഉപരിയായിട്ട് കാണുന്നവനെ കുറിച്ച് ചിന്തിക്കാൻ പറയാണ് അവിടെ കാണുന്നവനാണെങ്കിലോ അവൻ സത്യം തന്നെ എന്തുകൊണ്ട് ഇപ്പോ ജാഗ്രത്തിലിരുന്നു കൊണ്ട് അവൻ തന്നെയാണ് പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടതെല്ലാം അസത്യമാണ് അപ്പോ ഞാൻ സ്വപ്നത്തിൽ കണ്ടവൻ അപ്പൊ സ്വപ്നത്തിൽ കണ്ട ഞാൻ തന്നെ ഇപ്പോഴും ഉണ്ട് സ്വപ്നത്തിൽ കാണുന്നവനായ ഞാൻ അവൻ സത്യം തന്നെയാണ് സ്വപ്നത്തിൽ ഞാൻ കണ്ടതൊന്നും സത്യമല്ല അസത്യമാണെങ്കി ഇപ്പോഴും കണ്ടെണ് ഇതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അതാണ് അടുത്ത അഞ്ചാമത്തെ കാര്യം പറയുന്നത് എന്താണോ പ്രസിദ്ധേന സമത്വേന ഗ്രാഹ്യം ഗ്രാഹകം ഇതാണ് നമ്മൾ ഗ്രഹിക്കുന്നതെല്ലാം ഗ്രാഹ്യം അറിയുന്നതെല്ലാം ഗ്രാഹ്യം ഗ്രാഹകൻ എന്ന് പറയുന്ന അറിയുന്നവൻ സ്വപ്ന ജാഗ്രത സ്ഥാനോ ഏകത്വം ആ സ്വപ്നത്തിലെ ഗ്രാഹകനും ജാഗ്രതത്തിലെ ഗ്രാഹകനും ഒന്ന് സ്വപ്നത്തിൽ എല്ലാത്തിനെയും ഗ്രഹിച്ചവൻ തന്നെയാണ് ജാഗ്രതത്തിൽ എല്ലാത്തിനെയും ഗ്രഹിക്കുന്നത് ഇവിടെ ഒരു ചെറിയ വ്യക്തിയാണ് സ്വപ്നത്തിൽ ഗ്രഹിച്ചവൻ തന്നെയാണ് ജാഗ്രതത്തിനും ഗ്രഹിക്കുന്നതെങ്കിൽ അവൻ ഒരു സ്ഥലത്ത് ഗ്രഹിച്ചത് അസത്യവും വേറൊരു സ്ഥലത്ത് ഗ്രഹിച്ചത് സത്യവും എങ്ങനെയാണ് ചോദിക്കുന്നത് രണ്ട് സ്ഥലത്തും അറിഞ്ഞവൻ ഒരുവൻ തന്നെ അറിയുന്നവനൊരു മാറ്റമുണ്ട മാറ്റമല്ലെങ്കിൽ പിന്നെ അറിവിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് അപ്പോ സ്വപ്നത്തിൽ കണ്ടത് സത്യമല്ല എന്നൊക്കെ ബോധ്യപ്പെട്ടെങ്കിൽ അതിനെ കണ്ടവൻ തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പിന്നെ ഇതെങ്ങനെ സത്യമാകും അതാണ് വ്യക്തി എവിടെ പ്രയോഗിക്കുന്നത് ഇത് സത്യമാകുന്നു എന്നുള്ളതിന് എന്ത് വ്യക്തി പറയും ഒരു വ്യക്തി നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ പറയുന്നതനുസരിച്ച് രണ്ടിടത്തും ഒരുവൻ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് അവന്റെ ഒരു കാഴ്ച അസത്യമാണെന്ന് ശരിക്കും ബോധ്യപ്പെട്ടത് എന്നാൽ അതേ രീതി അനുസരിച്ച് ഇവിടത്തെ കാഴ്ചയും അസത്യം തന്നെയായിരിക്കണം അപ്പൊ അതിന് സമാനം അവിടെ പറയും എന്താണ് അത് അസത്യമാണെങ്കിൽ അത് അസത്യമാണെന്ന് ബോധ്യപ്പെടുന്നില്ലല്ലോ എന്നാണെങ്കിൽ സ്വപ്നത്തിൽ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെയും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആർക്കെങ്കിലും ബോധ്യപ്പെട്ടോ ഞാനിതാ സ്വപ്നം കാണുന്നു ആരെങ്കിലും പറയാറുണ്ടോ ഞാനിത് ആ സ്വപ്നത്തിന്റെ അസത്യത്തൊക്കെയാണെന്നും ആരെങ്കിലും പറയാറുണ്ടോ ഇല്ല വീതി രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം ഇപ്പൊ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോ ഇത് അസത്യമാണെന്നോ സ്വപ്നമാണെന്നോ നമുക്ക് ബോധ്യം ഉണ്ടായില്ല അതുപോലെ ഈ ജാഗ്രത കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്കത് അസത്യമാണെന്ന് നമുക്ക് ബോധ്യം വരുന്നില്ല പരമാർത്ഥത്തിൽ ഇതും അസത്യം തന്നെയാണ് ഈ ജാഗ്ര അനുഭവം അസത്യം തന്നെയാണ് ഇത് പൂർവ്വപ്രമാണസിദ്ധ ചെയ്യുക ുമ്പ്പ് പറഞ്ഞ യുക്തികളനുസരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ യുക്തി കൊണ്ടും ഇത് ബോധ്യപ്പെടും എന്താണ് ഇത് അസത്യമാണ് എന്നറിയാം നമ്മിത് അസത്യം എന്ന് പറയുമ്പോ നമ്മളെ ലൗകിക ബുദ്ധി കൊണ്ട് ഗ്രഹിക്കരുത് നമ്മുടെ ഈ പ്രപഞ്ചാനുഭവങ്ങളിൽ തന്നെ നമുക്ക് സത്യം അസത്യമാണ് നമ്മൾ വരാറുണ്ടല്ലോ കള്ളം പറഞ്ഞു കള്ളം പ്രവർത്തിച്ചു സത്യം പറഞ്ഞു സത്യം പ്രവർത്തിച്ചു അതുപോലെയുള്ള സത്യാസത്യങ്ങളെ കുറിച്ചു ഇവിടെ പറയുന്ന സത്യാസത്യം എന്ന് പറയുന്നത് സ്വപ്നം എങ്ങനെയാണോ സ്വപ്നത്തെ സംബന്ധിച്ച് അത് പൂർണമായും അസത്യം നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിനും സ്വപ്നത്തിൽ സത്യവും അസത്യം ഉണ്ട് സ്വപ്നത്തിൽ നിങ്ങൾ സത്യം പറഞ്ഞെന്നുവരും കള്ളം പറഞ്ഞെന്നു വരും ഇപ്പൊ ജാഗ്രതത്തിൽ അനുഭവത്തിനകത്തു വരുന്ന സത്യാസത്യങ്ങളല്ല ഇവിടെ പറയുന്നത് സ്വപ്ന അനുഭവത്തിനകത്തു വരുന്ന സത്യാസത്യങ്ങളെ അല്ല നമ്മൾ പറയുന്ന എന്താണ് സ്വപ്നം പരമാർത്ഥമല്ല എന്ന് പറയുന്നു സ്വപ്നത്തിന്റെ സത്യ അസത്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പറയണെന്താണ് അത് ഒരസത്യമാണ് ഉണർന്നപ്പോ അനുഭവം കൊണ്ട് യുക്തികൾ കൊണ്ട് നമ്മളത് ബോധ്യപ്പെടുന്നു അതുപോലെ ജാഗ്രത നമ്മൾക്ക് സത്യവുമായി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നാലും ഇത് യുക്തി കൊണ്ട് ഇവിടെ തീരുമാനിക്കാൻ എന്താണെന്ന് സത്യമല്ല ഇനി ജാഗ്രതയിൽ നിന്ന് നമുക്ക് ഉണരാൻ കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ബോധ്യപ്പെടും എന്താണോ ഇത് അസത്യമാണെന്ന് ബോധ്യപ്പെടും അപ്പം ജാഗ്രതത്തിൽ നിന്ന് ഉണരുക എന്ന് പറയുന്നത് എന്താണ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത് ഉണർന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് സ്വപ്നത്തിൽ നിന്നുള്ള ഉണർവന ആരെങ്കിലും സ്വപ്നത്തിന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കട്ടെ നമുക്ക് മനസ്സിലാവും സ്വപ്നത്തിൽ അതൊരിക്കലും മനസ്സിലാവത്തില്ല കാരണം നമുക്ക് സത്യമായ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ജാഗ്രതത്തിൽ ഇരുന്ന് കൊണ്ട് അസത്യമായ അനുഭവം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യവും അത് ജാഗ്രതയിൽ നിന്ന് ഉണർന്നതിന് ആ ഉണർവെന്താണെന്ന് ജാഗ്രത ഇരുന്ന് കൊണ്ട് മനസ്സിലാക്കാനും സാധ്യമല്ല ജാഗ്രതയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഉണരാം എന്ന് വിചാരിച്ച സാധ്യമാണ് അതേതുപോലെയാണോ നമ്മൾ സ്വപ്നത്തിലിരുന്നു കൊണ്ട് ഈ ജാഗ്രത ആഗ്രഹിക്കുമ്പോഴാണ് നടക്കുന്ന കാര്യങ്ങൾ സ്വപ്നത്തിലിരുന്നു കൊണ്ട് ഈ ജാഗ്രത നമുക്ക് എങ്ങനെ ആഗ്രഹിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് കാരണം സ്വപ്നം നമുക്ക് ജാഗ്രതയിട്ട് അനുഭവപ്പെടുന്നു സ്വപ്നത്തെ നമുക്ക് ജാഗ്രതയിട്ട് അനുഭവപ്പെടും സ്വപ്നം കാണുന്നയാളത് ജാഗ്രത അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇരുന്ന് വേറൊരു ജാഗ്രത നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിനാ ഉപരിയായ ഒരു ജാഗ്രതനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാനേ പറ്റുന്നില്ല അതുപോലെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്താണ് പര ജാഗ്രത് അതിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജാഗ്രത ഉണരുകാ എന്നു സാധ്യമല്ല അതങ്ങനെ സംഭവിക്കണം അങ്ങനെ സംഭവിക്കുമെന്നേ പറയാൻ പറ്റും അതാണിവിടെ ുന്നത് പറഞ്ഞ യുക്തിയിൽ നിന്നും നമ്മുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു ഉണർവുണ്ട് ആ ഉണർവിൽ നമുക്ക് ഈ പറയുന്നത് സത്യമായി അനുഭവത്തിലുള്ള അതുവരെ യുക്തി കൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുത്തും അത്രേ സാധ്യമാകും അതാണ് ഇവിടെ പറയുന്നത് സ്വപ്ന േകം ആഹുമ്മഷിണേ സമേതു